ആനന്ദമയകോശത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആനന്ദയാദി വേദസൈവ ആനന്ദ സി അന്യാനി ഭൂതാനി മാത്രം ജീവന്തി എഴുതിച്ച് ശ്രുതി ആ ബ്രഹ്മം ആനന്ദ സ്വരൂപമാണ് അതിൻ്റെ ഒരു പ്രതിബിംബം പോലെയാണ് ആനന്ദമായ കോശം അങ്ങനെ ശ്രുതി ക്ഷേ പറയും ഏറ്റക്കുറസ് അത് കാമ ഉപശമം കാമം ഉപശമിക്കുന്നതനുസരിച്ച് ആനന്ദത്തിന് ഉത്കർഷം വരുന്നതോടെ തന്നെ അത് വിശദീകരിക്കും ഓരോ ജീവന്മാരിലും ആനന്ദം വ്യത്യസ്ത രൂപത്തിലാണ് അക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കും അപ്പോൾ ആനന്ദത്തിന്റെ ഉത്കർഷം കാമത്തിന്റെ ഉപശമ അനുസരിച്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ കാമശൂന്യമായ ആത്മാവ് ആനന്ദസ്വരൂപമാണ് ഉത്കൃഷ്യമാണ് സിയാനന്ദമയ ശ്രീ ആത്മനഃ പരമാർത്ഥബ്രഹ്മവിജ്ഞാനാപേക്ഷയാ ബ്രഹ്മപരമേവൃതം സത്യജ്ഞാനന്ദലക്ഷണം ഈശ്വര പ്രതിപത്യർത്ഥ പഞ്ച അന്നാദിമയാ കോശാഹ ഉപന്യാസ്താഹ ഉത്കൃഷിമാണസ് ആനന്ദമയസ് അങ്ങനെ ആനന്ദത്തിൻ്റെ ഉയർച്ച ആനന്ദം വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതിൻ്റെ പരമാവധി ജീവൻ അനുഭവിക്കാൻ കഴിയുന്നത് ആനന്ദമയ കോശം എന്ന് പറയും എവിടെയാണോ ആനന്ദം പരമാവധി അനുഭവിക്കുന്നത് അത് ആനന്ദമയ കോശം ആത്മന പരമാർത്ഥ ബ്രഹ്മവിജ്ഞാനാപേക്ഷിച്ച ബ്രഹ്മപരമേവ യപ്രകൃതം പക്ഷെ ആനന്ദമയ കോശത്തെ അപേക്ഷിച്ച് എപ്രകൃതം ബ്രഹ്മപരമേവ അതിനപ്പുറമാണ് പരബ്രഹ്മ ആനന്ദ കോശം അല്ലെങ്കിൽ ആനന്ദാനുഭവം എന്നെല്ലാം പറയും അതിനു പരമാണ് പരം ബ്രഹ്മം എത്രകൃതം സത്യജ്ഞാനന്ദ്ര അതിനെയാണ് ഇവിടെ സത്യം ജ്ഞാനം അനന്തം എന്ന് പറഞ്ഞത് കോശം വേണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദത്തിനും അപ്പുറമാണ് നിശ്ചിത പ്രതിപത്യർത്ഥ പഞ്ച അന്നമയാദി കോശാഹോന്യസ്ഥ ആ പരബ്രഹ്മത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അന്നമയാദി കോശങ്ങളെ ഇവിടെ നിർദ്ദേശിച്ചത് അന്നമയാദി കോശങ്ങളെന്തിനും ഇവിടെ നിർദ്ദേശിച്ചു അതിന് സമാനം പറയും അന്നമയാദി കോശങ്ങൾക്ക് അപ്പുറമാണ് പരബ്രഹ്മം അങ്ങനെയാണെങ്കിൽ ആനന്ദത്തിനും അപ്പുറമാണോ പറയുന്നു ആനന്ദത്തിന് മാത്രമാണ് എന്തുകൊണ്ട് കാരണം ആനന്ദം ആനന്ദമായ കോശമാണ് ബ്രഹ്മം ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മം ഏകരൂപം അതിന് സത്യം അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത് സത്യം എന്ന് പറയാം ജ്ഞാനം എന്ന് പറയാം ആനന്ദം എന്ന് പറയാം ആനന്ദമെന്ന് പറയാം അങ്ങനെ ശബ്ദം കൊണ്ട് ബ്രഹ്മത്തിന്റെ സ്വരൂപത്തിൽ വ്യത്യാസം വരുന്നത് അപ്പൊ സത്യം എന്ന് പറയുമ്പോൾ സത്യരൂപത്തിലുള്ള ബ്രഹ്മം ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനരൂപത്തിലുള്ള ബ്രഹ്മം ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദ രൂപത്തിലുള്ള ബ്രഹ്മം അങ്ങനെയല്ല ഏകരസം ആ ഏക ഏത് ശബ്ദം പറയാം ആനന്ദം അനുഭവിക്കുക എന്ന് പറയുന്നത് ശബ്ദാർത്ഥമാണ് ശബ്ദാർത്ഥമായ ആനന്ദത്തെ അനുഭവിക്കുന്നു ശബ്ദാർത്ഥമായ സത്യത്തെ അറിയുന്നു ശബ്ദാർത്ഥമായ ജ്ഞാനത്തെ അറിയുന്നു എല്ലാ ശബ്ദാർത്ഥമായിട്ടാണ് ശബ്ദാർത്ഥമായിട്ട് അറിയുമ്പോൾ ഇതെല്ലാം വേറെ വേറെയാണ് സത്യം വേറെയായിട്ട് അനുഭവപ്പെടുന്നു ജ്ഞാനം വേറെയായിട്ട് അനുഭവപ്പെടുന്നു ആനന്ദം വേറെയായിട്ട് അനുഭവപ്പെടുന്നു എന്തുകൊണ്ട് അതറിയുന്നത് ശബ്ദാർത്ഥമായ സത്യജ്ഞാന ആനന്ദങ്ങളെയാണ് അവിടെ ശബ്ദം ഭിന്നമായിരിക്കുന്നു അർത്ഥവും ഭിന്നമായിരിക്കുന്നു ജ്ഞാനവും ആനന്ദവും എന്ന് ചോദിച്ചാൽ ജ്ഞാനം ആനന്ദം വേറെ എന്തുകൊണ്ട് ഞാൻ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നതിനല്ല ആനന്ദ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നു അതിനല്ല സത്യശബ്ദം അപ്പൊ ശബ്ദാർത്ഥമായി എറിയുന്ന സത്യജ്ഞാന അനന്ത ആനന്ദങ്ങൾ വേറെ വേറെയാണ് പക്ഷെ ബ്രഹ്മത്തെ കുറിച്ച് എന്താ പറയുന്നത് അത് ഏകരസം ഏകസ്വഭാവം അപ്പൊ അതിന് പല ശബ്ദങ്ങളുടെ എന്നാൽ പല ശബ്ദങ്ങളെ കൊണ്ട് ബോധിക്കേണ്ടി വന്നാലും അവിടെ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ അർത്ഥവ്യത്യാസം അപ്പം സത്യത്തിൽ നിന്ന് വേറിട്ട ഒന്നാണ് ആനന്ദം ആനന്ദത്തിൽ നിന്ന് വേറിട്ട ഒന്നാണ് ജ്ഞാനം ഇങ്ങനെയുള്ള ഈ അനുഭവം അത് ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള വാസ്തവ അനുഭവമല്ല എന്തുകൊണ്ട് ബ്രഹ്മപരമേവപ്പുറമാണ് ആനന്ദത്തിനും അപ്പുറമാണ് സത്യത്തിനപ്പുറമാണ് ജ്ഞാനത്തിനപ്പുറമാണ് ആനന്ദത്തിനും എന്നാൽ ഈ ശബ്ദങ്ങളെ കൊണ്ട് അതിനെ നിർദ്ദേശിക്കാൻ പറ്റും എന്തുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം വ്യാവഹാരികമായ അനുഭവത്തിൻ്റെ പരമവുമായ കാഷ്ടെ ബോധിപ്പിക്കുന്നു സത്യം എന്ന് പറയുമ്പോൾ അത് വ്യാവഹാരികമായ അനുഭവത്തിനെ ഏറ്റവും ശ്രേഷ്ഠമായി ഒന്നിനും ബോധിപ്പിക്കുന്നു ജ്ഞാനം സർവാനുഭവങ്ങൾക്കും ആധാരമായി ഒന്നിനും ബോധിപ്പിക്കുന്നു അനന്ത അതുപോലെ ഇപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളെ സത്യം ജ്ഞാനം ആനന്ദം ആനന്ദം തുടങ്ങിയ ശബ്ദങ്ങൾ ബോധിപ്പിക്കും ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുമ്പോൾ വേറെ വേറെയാണ് പരമാർത്ഥത്തിലോ പരമേവ അതിനെ ശബ്ദം കൊണ്ടും ബോധിപ്പിക്കാം അത് ആനന്ദ അനുഭവത്തിനും മാത്രമാണ് അവിടെ സത്യം ജ്ഞാനം അനന്തം ആനന്ദം എന്ന് വിഭജിക്കാൻ എങ്ങനെയാണോ വ്യവഹാരത്തിൽ സത്യത്തെയും ജ്ഞാനത്തെയും ആനന്ദത്തെയും വേർതിരിച്ചറിയുന്നത് അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ച് ബ്രഹ്മത്തിൽ അങ്ങനെ സത്യജ്ഞാനന്ദ ആനന്ദങ്ങളുടെ ഭേദമില്ല പക്ഷേ യസ് ജ പ്രതിപത്യർത്ഥ അതിന്റെ ശരിയായ ജ്ഞാനത്തിന് വേണ്ടി പഞ്ച അന്നമയാദി കോശ ഉപന്യസ്ഥ ഈ അന്നമയാദി കോശങ്ങളുടെ നിർദ്ദേശിച്ചിരിക്കുകയാണ് കോശങ്ങളുടെ വർണ്ണനയിലൂടെ മനസ്സിലാക്കും എങ്ങനെ മനസ്സിലാക്കണം യത്തെഭ്യോ അഭ്യന്തരം ആത്മവന്ത പ്രതിഷ്ഠ എങ്ങനെയാണ് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കേണ്ടത് ഏതെന്നാണോ ഈ പറഞ്ഞ എല്ലാത്തിനും ഉള്ളിലായിരിക്കുന്നത് ഈ പറഞ്ഞ എല്ലാത്തിനും ആധാരമായിരിക്കുന്നു എന്നുള്ളത് സത്യത്തിനും ജ്ഞാനത്തിനും ആനന്ദത്തിനുമെല്ലാം ആധാരമായിരിക്കുന്നത് ഏനുജത്തെ സർവേ ആത്മവന്ത ഏതെന്നുകൊണ്ടാണോ ഇതെല്ലാം ആത്മവത്തായിരിക്കുന്നത് ഇപ്പൊ രണ്ടു തരത്തിലും പറയാം നമ്മള് സാധാരണ പഞ്ചകോശ വിവേകം പഞ്ചകോശ വിവേകം എന്ന് പറയുന്നൊരു ഉപാസന പദ്ധതിയാണ് ഉപാസനക്ക് വേണ്ടി പറയുന്നത് ആത്മധ്യാനത്തിന് വേണ്ടിയിട്ട് പറയുന്നു ഈ ശരീരം അന്നമയ കോശം ഇതല്ല പ്രാണമയോ കോശമല്ല മനോമയകോശമല്ല എല്ലാത്തിനും നിഷേധിക്കും നേതി നേതി അതിനപ്പുറമുള്ളതാണ് ആത്മാവ് അതാണ് സ്വസ്വരൂപം അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ നിഷേധിക്കുന്നതൊക്കെ എന്താണ് വാസ്തുവതി എന്തിനനുഷേിക്കുന്നു ഇതൊന്നും ആത്മാവല്ല എന്ന് പറയും നിഷേധിക്കുമ്പോൾ ഈ നിഷേധിക്കുന്നതൊക്കെ എന്താണ് അതിനെന്ത് പറയും പറയും അത് അവിദ്യാ കാര്യമൊന്നും അല്ലെങ്കിൽ മായാകാര്യമെന്നു ഞാൻ പറയും നിഷേധിച്ച് ശേഷിക്കുന്ന ബ്രഹ്മുന്നു നിഷേധിക്കപ്പെട്ട കോശങ്ങൾ മായകാര്യം അല്ലെങ്കിൽ അവിദ്യകാര്യം എന്ന് പറയുന്ന കോശങ്ങൾ അങ്ങനെ രണ്ടുണ്ടോ നിഷേധിക്കാനായിട്ട് എന്തുകൊണ്ട് ഇവിടെ ബ്രഹ്മത്തെ അദ്വൈതമായിട്ടാണ് ബോധിപ്പിക്കുന്നത് അദ്വൈതത്തിൽ രണ്ടാമതൊന്നും വരാൻ പാടില്ല കോശങ്ങളെന്ന് പറയുന്ന ബ്രഹ്മത്തിൽ നിന്ന് അപ്പോൾ അതിനെയൊക്കെ നിഷേധിച്ചാൽ ശേഷിക്കുന്ന ബ്രഹ്മം ഒന്നുണ്ടായാലേ നിഷേധിക്കാൻ പറ്റില്ലാത്തത് ഇല്ലെങ്കിൽ പിന്നെ നിഷേധിക്കേണ്ട കാര്യങ്ങൾ ആകാശ കുസുമും നിഷേധിക്കേണ്ട കാര്യങ്ങൾ കാരണം ഇല്ല ഇവിടെ അങ്ങനെ അല്ല അനുഭവപ്പെടുന്നതിനാണ് നിഷേധിക്കുന്നത് നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതെന്ന് പറയുമ്പോൾ നിഷേധിച്ച വസ്തുവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും അതും അസ്തിത്വം അംഗീകരിക്കേണ്ടി വരും ബ്രഹ്മത്തെ അംഗീകരിക്കേണ്ടി വരും അംഗീകരിക്കാതിരുന്നാലോ ആകാശ കുസമം പോലെ നിഷേധിക്കാൻ കഴിയാതെ അംഗീകരിച്ചാൽ അദ്വൈതം ഇങ്ങനെ വരും അതുകൊണ്ട് ഈ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗികമായ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് വാസ്തവത്തിൽ ഈ നിഷേധിക്കുന്നതും അതുതന്നെ അന്നമയാദി കോശങ്ങളും നിർമ്മന്ധനം പറഞ്ഞിത് നിഷേധിക്കുന്നതിന് വേണ്ടി അനുഭവ വിഷയമാകുന്നുണ്ട് എങ്ങനെ സത്തായി അനുഭവ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് തേ സർവേ ആത്മവന്ത ഇതെല്ലാം ആത്മവത്തുക്കളായി ഇരിക്കുന്നത് ഏതെന്നുകൊണ്ടാണോ എന്ന് പറയുമ്പോൾ എന്താണോ ഇത് വാസ്തവത്തിൽ അത് തന്നെയാണ് അങ്ങനെയും മനസ്സിലാക്കും നിഷേധിക്കുന്നത് അത് തന്നെയാണ് കാരണം എന്തുകൊണ്ട് ഇതെല്ലാം ആത്മവത്തായിരിക്കുന്നു ബ്രഹ്മത്തെക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നത് ബ്രഹ്മത്തിൽ പ്രതീതമാകുന്നതെല്ലാം ബ്രഹ്മം തന്നെ അങ്ങനെ അല്ലാത്ത ഒന്നിനും അവിടെ നിലനിൽക്കാൻ പറ്റില്ല അത് പ്രതീതമാകത്തില്ല എന്നാൽ അതിനെ നിഷേധിക്കാൻ കഴിയുന്നു ബ്രഹ്മത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല ഇത്രയുള്ള വ്യത്യാസം തന്നെ സ്വയം നിഷേധിക്കാൻ കഴിയുന്നില്ല തൻ്റെ മുമ്പിൽ തനിക്ക് വിഷയമായിരിക്കുന്ന സർവ്വത്തെയും നിഷേധിക്കാൻ കഴിയുന്നു നിഷേധിക്കുന്നത് കൊണ്ട് അത് താനല്ലാതാകുന്നില്ല അഭ്യന്തരം വിയേനത്തി സർവീ ആത്മവന്ത പറയുന്നു സർവാധാരമായിരിക്കുന്ന ആത്മാവിനെ കൊണ്ട് ഇതെല്ലാം ആത്മവത്തായിരിക്കുന്നു ഇതും ആത്മാവായി തന്നെ ഇരിക്കുന്നു ഇതെങ്ങനെയാണ് ഇത് ആത്മാവായിരിക്കുക എന്ന് പറയുന്നത് ഇത് സത്തായി അനുഭവപ്പെടുന്നു ഇത് ജ്ഞാനത്തിൽ പ്രകാശിക്കുന്നു ഇതിൽ ആനന്ദമുണ്ട് എല്ലാം ഉണ്ട് ഇതനന്തമാണ് ഇതിന് അവസാനമില്ല അപ്പം അതുകൊണ്ട് സത്യജ്ഞാന അനന്ത ആനന്ദങ്ങളെല്ലാം ഇതിനുമുണ്ട് അങ്ങനെ ഇത് ആത്മവത്തായിരിക്കുന്നു അപ്പോൾ ഇതിനെ നിഷേധിച്ചാലും ഇതിനെ അംഗീകരിച്ചാലും ഫലത്തിൽ ഒന്നുക എന്താണിത് ആത്മാവ് തന്നെയാണ് അതാണ് പഞ്ചകോശ വിവേകത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് പഞ്ചകോശ വിവേകത്തിൽ ജീവനോപാസനയ്ക്ക് വേണ്ടി കോശങ്ങളെ നിഷേധിക്കും പക്ഷെ തത്വവിചാരത്തിൽ നിഷേധവും അംഗീകാരവും രണ്ടും ഒന്നുപോലല്ല നിഷേധിച്ചാലും ആത്മാവിനെ തന്നെ ബോധിക്കുന്നു ഇതിനെ അംഗീകരിച്ചാലും ആത്മാവിനെ തന്നെ ബോധിക്കുന്നു എന്തുകൊണ്ട് ഇതെല്ലാം ആത്മവത്തുക്കളായിരിക്കുന്നു അപ്പൊ നിഷേധിച്ചാലും നിലനിന്നാലും എന്തിനാണോ ബോധിക്കേണ്ടത് തദ് അതാണ് ബ്രഹ്മ അന്നമയ കോശത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു പ്രതിഷ്ഠ അതാണ് അന്നമയ കോശത്തിന്റെ പ്രതിഷ്ഠ അതിന്റെ ആധാരം അതിനെ ആശ്രയിച്ച് വും നിലനിൽക്കുന്നു അതാണ് ആനന്ദവും പുച്ഛവും ആയിട്ടുള്ള ബന്ധം അതാണ് അതുകൊണ്ട് ആനന്ദം ബ്രഹ്മ എന്ന് പറയും ആനന്ദം തന്നെ വരുന്നു അങ്ങനെ പറയുന്നതിന് ദോഷമില്ല ആനന്ദമയ കോശം തന്നെ ബ്രമു എന്ന് പറയും എന്തുകൊണ്ട് ആനന്ദമയ കോശം ആത്മവത്തായിരിക്കുന്നത് ആ ബ്രഹ്മത്തെ കൊണ്ടാണ് പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണമെന്താണോ അപ്പൊ നമുക്ക് പറയാം ഈ അന്നമയ കോശം അതും ബ്രഹ്മം തന്നെ ആനന്ദമയ കോശം വരെ പോകേണ്ട കാര്യമില്ല അന്നം പ്രാണം മനോ ബുദ്ധി ഈ കോശങ്ങളെല്ലാം ആത്മവത്തായിരിക്കുന്നു ഇതെല്ലാം ആത്മസ്വരൂപം തന്നെ അങ്ങനെയും ധരിച്ചാലും ബ്രഹ്മത്തെ തന്നെ ധരിക്കുന്നു അല്ല ഇതിനെല്ലാം നിഷേധിച്ചിട്ട് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം അങ്ങനെയും ബ്രഹ്മത്തെ ധരിക്കാം എന്നാൽ ഈ വിരുദ്ധ പ്രതീതി ഒന്നെന്താണോ പരമാർത്ഥമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല സത്യജ്ഞാന അനന്ത ആനന്ദങ്ങളുടെ എല്ലാ അനുഭവമുണ്ട് പക്ഷെ അതിനെ ബ്രഹ്മമായി ഗ്രഹിക്കാൻ കഴിയുന്നുള്ളു അവന് പരിച്ഛിന്നമായ വസ്തുക്കളായിട്ടേ ഗ്രഹിക്കാൻ വസ്തുക്കളിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളു അനുഭവത്തിൽ വരുന്ന ഈ വൈരുദ്ധ്യാനന്ദ കാരണം അതിനടുത്ത് പറയുന്നത് തദ്ചർ അവിദ്യ പരികൽപ്പിത ദ്വൈതസ്യ അവസാനഭൂതം അദ്വൈതം ബ്രഹ്മ പ്രതിഷ്ഠ അതിന് കാരണം പറഞ്ഞു അവിദ്യ ഈ അനുഭവമെല്ലാം എന്താണ് അവിദ്യ പരികൽപ്പിതമാണ് അവിദ്യ കൊണ്ട് ഈ വൈരുദ്ധ്യാനുഭവം സത്യത്തിന് അസത്യത്തിന്റെ അനുഭവം തദ്വ ആ ബ്രഹ്മം തന്നെ സർവസ്യ അവിദ്യ പരികൽപിതൃ ദ്വിദസ്യ അവസാന ഭൂതം വിദ്യാ പരികൽപിതമായിരിക്കുന്ന ഈ ദ്വൈതം അതാണ് ഇവിടെ ദ്വൈതം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചകോശം ഇതിൻ്റെ അവസാനം ഇതിന് ആധാരം ഈ പഞ്ചകോശ അനുഭവം അതിന് സമാധാനമൊന്നേ പറയാനുള്ളൂ അവിദ്യ എന്താ വിദ്യ എന്ന് പറഞ്ഞാൽ ഉത്തരമില്ലാന്ന് അറിയ അവിദ്യ എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്തത് ഒരു ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് അവിദ്യ എന്ന് പറയുന്നത് അവിദ്യ എന്നും മായ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് അതിന് സമാധാനമില്ല ഭാഷകാലം പ്രയുക്തി പ്രവർത്തിക്കാത്തത് എന്ന് എല്ലാ എല്ലാ അന്വേഷണങ്ങളിലും അവസാനം പറയുന്ന ഇതാണ് അന്വേഷിച്ചിട്ട് കാര്യമില്ല അവിടെ കാര്യകാരണബദ്ധതയോ യുക്തിഭദ്രതയൊന്നും ഇതിനകത്തില്ല അല്ലെങ്കിൽ ഈ വിരുദ്ധാനുഭവം ഇങ്ങനെ ഉണ്ടാകാൻ കഴിയില്ല സത്യമൊന്നും അനുഭവം വേറൊന്നും സത്യമെന്ന് പറയുന്നത് മറ്റെവിടെയെങ്കിലും ഉള്ള സത്യമല്ല സ്വസ്വരൂപം തന്നെ സത്യം എന്നാണ് പറയുന്നത് സ്വസ്വരൂപ സത്യമായിരിക്കെ തന്നെ കുറിച്ചുള്ള അനുഭവം താൻ അനുഭവിക്കുന്നു അപ്പൊ ഇതിനെന്താ യുക്തി വാസ്തവം എങ്ങനെയാണോ അങ്ങനെയല്ലേ വെളിപ്പെടേണ്ടത് വാസ്തവം വെളിപ്പെടുന്നുണ്ട് ആ വാസ്തവത്തിനൂടെ പറയുന്ന സത്യജ്ഞാനം അനന്ത പക്ഷെ അത് അപൂർണമാണ് അത് അതുകൊണ്ടിവിടെ പറയുന്ന എന്താണത് അവിദ്യാ പരിഗതമാണ് ഇതിന് വേറെ സമാധാനമൊന്നുമില്ല ഇതിൻ്റെ അവസാന ഭൂതം അദ്വൈതം ബ്രഹ്മ പ്രതിഷ്ഠ പുച്ഛം ഏതസ്മിന്നത്ഥി യേശുലഭോ ഈ കാര്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം അന്നം സ്ഥൂലവും ജഡവും ആയിരിക്കുന്നു അന്നം അത് വളരെ തുച്ഛമാണ് നിസ്സാരമാണ് പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രാണൻ മനസ്സ് ബുദ്ധി അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ സർവശ്രേഷ്ഠമായ ആനന്ദം ഇതെല്ലാം ഒരേ കോടിയിൽപ്പെടുന്നതാണ് ഇതെല്ലാം അവിദ്യ പരികൽപ്പിതമാണ് ഇത് സർവാധാരമായിരിക്കുന്നതാണ് ആത്മസ്വരൂപം എന്നാൽ ഇതെല്ലാം ആത്മസ്വരൂപം തന്നെ രണ്ട് തരത്തിലും ഇവിടെ കേവലം നിഷേധം മാത്രമല്ല മറിച്ച് ഇതിനെല്ലാം സത്തായും ബോധിപ്പിക്കുന്നു അടുത്ത മന്ത്രം അസന്നേവ സഹ്തി വേദ ചേ അതി ബ്രഹ്മതി ചേത് വേദ സന്തം എനം തോ വിദുരിഷവ ശാരീര ആത്മാർവസ അഥാ അണുപ്രശ്ന ഉത അവിൻ അമം ലോകം പ്രേയ ക വിദ്വാൻ അമം ലോകം പ്രേയ കിത്സമു സോകാമയതാതി സപോ അതപ്യത സപസ്തം അസൃജത യദം താവിശത് തദ്ശ്യ സച്ചത്യച്ച അഭവത്ത് നിരുത്തഞ്ചയം അനിലയം വിജ്ഞാനം അവിനം സത്യം ചനൃതം सत्यम भवद, किंचा यदिदिंच श्लोको असन्सत्सम यहास न पुषाथसबी एव सषाबी അവിദ്യമാനം ബ്രഹ്മേതി വേദ വി അവൻ അസത്ത് പോലെ ആയിത്തീരുന്നു ആരാണോ യഥാ അസൻ പുരുഷാർത്ഥ സംബന്ധി പുരുഷാർത്ഥ സംബന്ധി അല്ലാത്തത് ഏവം സ്വഭൂതി അങ്ങനവനായിത്തീരുന്നു സാധാരണ പറയാനുള്ളവൻ അസത്താണെന്ന് അതുപോലെ ഒരുവൻ കൊള്ളരുതാത്തവനായിത്തീരുന്നു കൊള്ളരുതാത്തവനാകുന്നിങ്ങനെ പുരുഷാർത്ഥ സംബന്ധി അല്ലാതാക്കിയിരുന്നു പുരുഷാർത്ഥം മോക്ഷം പരമപുരുഷാർത്ഥത്തോടവന് ബന്ധമില്ലാതെ വരുന്നു അങ്ങനെയാണ് അവൻ കുളരുതാത്തവനായിത്തീരുന്നത് അസന്നേവ സഭവതി അവൻ അങ്ങനെ തീരുന്നു ആ പുരുഷാർത്ഥ സംബന്ധി അവന് പുരുഷാർത്ഥമില്ല കോസ് ആര് പുരുഷാർത്ഥം നഷ്ടപ്പെടുന്നത് യോ അസത് അവിദ്യമാനം ബ്രഹ്മേതി വേദ അഭിജാനാതിയു പഞ്ചകോശങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത് ഈ പഞ്ചകോശങ്ങളാണ് ഒരുവന്റെ അനുഭവം ഈ പഞ്ചകോശങ്ങളിലൂടെയാണ് ഒരുവൻ സത്യജ്ഞാനം ആനന്ദം ആനന്ദം എല്ലാം അനുഭവിക്കുന്നത് ഈ അനുഭവിക്കുമ്പോൾ ഇതിനാധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ അവൻ അറിയുന്നില്ല അവനെ സംബന്ധിച്ച് എന്താണത് അശ്രദ്ധ വിദ്യമാനം ഇല്ലാത്തതാളും ഇത് മാത്രമേയുള്ളൂ താൻ എന്താണ് അനുഭവിക്കുന്നത് അതേ താൻ സത്യത്തെ അനുഭവിക്കുന്നു ജ്ഞാനത്തെ അനുഭവിക്കുന്നു ആനന്ദത്തെ അനുഭവിക്കുന്നു ഇതെല്ലാമേ ഉള്ളൂ ബ്രഹ്മത്തെവൻ അറിയുന്നില്ല ഈ സത്യജ്ഞാന അനന്ത ആനന്ദം ഈ ലക്ഷണങ്ങളിലൂടെ ബോധിക്കേണ്ട ബ്രഹ്മത്തെവൻ അറിയുന്നു ഇത് ലക്ഷണമാണ് ഈ ലക്ഷണത്തിലൂടെ അവനെ ബോധിക്കുന്നു ഏകരൂപത്തിലുള്ള ഒന്നും അതറിയുന്നില്ലെങ്കിൽ അതറിയാൻ സാധ്യമല്ല കാരണം ഈ കോശങ്ങളിൽ ബുദ്ധി ഉറപ്പിച്ചിരിക്കുന്നവനോ ഈ കോശങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാൻ കഴിയില്ല വിജാനാതിശയെ അവൻ ഇതില്ല എന്നറിയുന്നു സാധാരണ സർവ്വജീവന്മാരും അങ്ങനെയാണല്ലോ അവരെ സംബന്ധിച്ച് പുരുഷാർത്ഥത്തെക്കുറിച്ച് ചിന്തയില്ല ഈ അനുഭവപ്പെടുന്നു ഇതിനെ തന്നെ അവർക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല അന്നമയം എന്താണ് പ്രാണമയം എന്താണ് മനോമയം എന്താണ് ഇതൊന്നും വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല പരമാവധി അവരറിയുന്നത് ഈ അന്നമയത്തെയാണ് ഇതിനറിയുന്നു ഇതിനെ ആശ്രയിച്ചവർ ജീവിത വ്യവഹാരങ്ങളെല്ലാം നടത്തുന്നു പുരുഷാർത്ഥം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവൻ ബ്രഹ്മത്തെ അറിയുന്നില്ല അതുകൊണ്ട് അസന്നേവസഭോതി അവൻ അസത്ത് തന്നെയാണ് അവൻ കൊള്ളരുതാത്തവനുമായി കഴിഞ്ഞു അവൻ അവന്റെ സങ്കല്പം പോലെ ഒന്നും ശൂന്യമായി കഴിഞ്ഞു തദ്വിപരീണ ഇത് സർവവികൽപാസ്പദം സർവപ്രവൃത്തി ബീജം സർവവിശേഷ പ്രത്യസ്തമിതം അപ്പി അസ്ഥിതത് ബ്രഹ്മേതി വേദ ചെയ്യും പക്ഷേ അവന്റെ ഈ പ്രത്യക്ഷമായ അനുഭവത്തിനപ്പുറം അപ്പുറം എന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അതാണ് ഇവിടെ പറഞ്ഞത് അപിക് അങ്ങനെയാണെങ്കിൽ കൂടിയും ഇങ്ങനെ സർവവികൽപാസ്പദം സർവവികല്പങ്ങൾക്കും ആശയമായിട്ടൊന്നും എന്താണ് ഇവിടെ വികല്പങ്ങൾ അന്നപ്രാണമനോബുദ്ധി ആനന്ദം ഇതാണ് വികൽപ്പങ്ങൾ ആനന്ദവും വികൽപ്പമാണ് അന്നവും പ്രാണവും മനസ്സും പോലെ ഈ ആനന്ദവും വികല്പമാണ് അതെത്ര ശ്രേഷ്ഠമായത് ശരി ൾക്ക് ആസ്പദമായിരിക്കുന്നു അങ്ങനെ ആസ്പദമായിരിക്കുന്ന ഒന്ന് എന്ന് പറയുമ്പോ ഈ വികല്പങ്ങളെ മാത്രമേ അറിയാവൂ ജീവൻ വികല്പങ്ങൾക്ക് ആസ്പദം എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സർവികല്പാസ്പദി അങ്ങനെയാണെങ്കിൽ അത് ഈ വികല്പങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ അനായാസമായി ഗ്രഹിക്കാൻ പറ്റാത്തതാണെങ്കിലും സർവപ്രവൃത്തി ബീജം പ്രവൃത്തി ബീജം നമുക്കറിയാം പ്രവൃത്തിക്കുള്ള ബീജം എന്താണ് കാണും പക്ഷെ സർവപ്രവൃത്തികൾക്കും ബീജമായിരിക്കുന്ന എന്തെന്നറിയില്ല നിമിത്തമായിരിക്കുന്ന കാരണമായിരിക്കുന്നത് ഓരോ പ്രവൃത്തിയുടെയും എന്താണ് നിമിത്ത കാരണം എന്താണ് അതിന് ഉപാധനമായിരിക്കുന്നത് എന്താണ് സഹകാരികൾ അങ്ങനെ കാരണം ഞാൻ നമുക്കുണ്ട് പക്ഷെ സർവപ്രവൃത്തികൾക്കും ബീജമായിരിക്കുന്നു അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ വയ്യ പക്ഷെ അങ്ങനെ ഒന്ന് സർവപ്രവൃത്തി ബീജമായ ഒന്നാണെങ്കിലും അതുപോലെ സർവവിശേഷപ്രത്യ അസ്തമിതം അഭി സർവ്വവിശേഷങ്ങൾ നമുക്കറിയാം ഇത് തന്നെ സർവവിശേഷം അന്നപ്രാണമനോദ്യാനം ഇതിനപ്പുറം വേറെ നമ്മുടെ സർവ്വവിശേഷങ്ങൾ ഇതിൽ ഒതുങ്ങിയിരിക്കുകയാണ് പക്ഷെ സർവ്വവിശേഷപ്രത്യസ്ഥിതം സർവ്വവിശേഷങ്ങളും പ്രത്യസ്ഥിച്ചതെന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് പിടിയിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്താ സർവ്വവിശേഷങ്ങളും പ്രത്യസ്തമിച്ചിരിക്കുന്നു പിന്നെ വാക്കിനും മനസ്സിനും ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല കാരണം അവിടെ പ്രാണിനിയും മനസ്സിനെയും എല്ലാം നിഷേധിച്ചു പഞ്ചകോശങ്ങളും നിഷേധിച്ചത് പക്ഷെ അങ്ങനെയാണെങ്കിലും അസ്ഥിത്വ ബ്രഹ്മ ആ നിലയ്ക്കായാലും ശരി അങ്ങനെ ഒരു ബ്രഹ്മമുണ്ട് അതാണ് ബ്രഹ്മം അതാണ് സുസ്വരൂപം ചിന്തിക്കാൻ കഴിയാത്തതാണെങ്കിലും പറയാൻ കഴിയാത്തതാണെങ്കിലും മനസ്സുകൊണ്ട് പോലെ എത്തിച്ചേരാൻ കഴിയാത്താണെങ്കിലും അസ്ഥി അഭി അസ്ഥി അങ്ങനെയാണെങ്കിലും തദ്ബ്രഹ്മ അസ്ഥി അങ്ങനെ സർവാധാരമായിട്ടൊന്നുണ്ട് എന്ന് വേദച്ച് എന്നറിഞ്ഞാലോ അസ്ഥി ബ്രഹ്മേദി അങ്ങനെ അറിയണം ഇവിടെ ആ പരമാർത്ഥമായ ജ്ഞാനത്തെ കുറിച്ച് പറയു ഒരുവൻ അങ്ങനെ ഒരു പരമാർത്ഥാനമുണ്ടായാൽ താനത് തന്നെ അങ്ങനെ അസ്തിത്വത്തെ അറിയാം പക്ഷേ അത് സ്വസ്വരൂപമാണെന്ന് അറിയുന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമേനം തദോ വിധു പുനരാശങ്കാസ്തിത്വ ശരി എന്തുകൊണ്ടങ്ങനെ ഒരു ആശങ്ക വരുന്നു അതിന്റെ ഇല്ലായ്മ അസന്നേവ സ്വഭാവതി അസദ് അസദ്ബരം അങ്ങനെ ഒരു കൽപ്പന എന്തുകൊണ്ട് വരുന്നു എന്നാണ് ഇവിടെ ഒരു ചോദ്യമാണ് നാസ്തിത്വത്തിൽ എങ്ങനെ വരും ഇല്ല ഇല്ലയോ എന്നുള്ളൊരു സംശയം അതെങ്ങനെ വരാവുന്നതാണ് എന്തുകൊണ്ട് വ്യവഹാര അതീതത്വം ബ്രഹ്മനീതി പ്രോമഹ വ്യവഹാര വിഷയംഭണമാത്രേ അസ്തി ബുദ്ധി തദ്ദേഹാതീതവിഷയതയുപന്നപരീതോ അസന്നിധ്യം തദ്മാനിയതിഹാവി സാബ്ബ്രമണോ ം പ്രതി ആശങ്ക അസ്തി ബ്രഹ്മേരി ചേദ ഇവിടെ പറയുന്നു വ്യവഹാരാതീതം ബ്രഹ്മേരി കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ എതോ വായിച്ചോ നിവർത്തന്ത തന്നെ വിശദീകരിക്കും അത് വ്യവഹാരാതീതമാണോ അവിടെ വ്യവഹാരം സാധ്യമാണ് എന്ത് വ്യവഹാരം എന്താണ് അസ്ഥി നാസ്തി എന്നുള്ളതാണ് വ്യവഹാരം അസ്ഥി എന്ന് പറയുക അസ്ഥി എന്നറിയുക അസ്ഥിത്വത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ ഇതൊന്നും ബ്രഹ്മത്തിൽ സംഭവിക്കത്തില്ല അതുകൊണ്ടാണ് സത്യം ജ്ഞാനം ആനന്ദം ആനന്ദം എന്നുള്ള ശബ്ദങ്ങളിലൂടെയൊന്നും അറിയുന്നതല്ല എന്ന് പറയും ശബ്ദങ്ങളിലൂടെ വെളിപ്പെടുന്നതെല്ലാം വ്യവഹാര അധീനമായ കാര്യങ്ങളാണ് പക്ഷെ ബ്രഹ്മത്തെക്കുറിച്ചെന്ന് പറയുന്നു വ്യവഹാര അതീതത്വം അത് വ്യവഹാരാതീതമാണ് വേറെ അടുത്ത് അനുഭവാതീതം അത് നമ്മളെ അറിഞ്ഞ് അറിയുന്ന അറിയുന്നതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞു വന്ന് ധരിക്കുന്ന അറിവ് അതല്ല നമ്മൾ ഭാവന ചെയ്യും നിലയില്ലാത്ത ആനന്ദം എന്ന് പറയും അതൊരു ആനന്ദം കേവലം കല്പനകൾ ഭാവനകളാണ് ഈ ഭാവന കൽപ്പന എന്നെല്ലാം പറയുന്നതാണ് വ്യവഹാരം പക്ഷേ ബ്രഹ്മം അങ്ങനെയല്ല സർവവ്യവഹാരത്തിനും അതീതമാണ് അതുകൊണ്ടാണ് ആനന്ദമയ കോശത്തിനും അപ്പുറം എന്ന് പറഞ്ഞത് ആനന്ദമയ കോശത്തെക്കുറിച്ച് പരമാവധി ആനന്ദത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പരമാവധി ആനന്ദം എത്രയാവ പക്ഷേ പരമാവധി ആനന്ദമായ എന്താണ് അത് വ്യവഹാരമാണ് വിഷയമാണ് പരമാവധി ആനന്ദത്തെ അറിയുന്നതെന്ന് ബുദ്ധിയുടെ വ്യവഹാരമാണ് അത്ര ഒരു വ്യവഹാരം കൂടെ സാധ്യമല്ല വ്യവഹാരാതീതമാണ് അതാണ് പരമാർത്ഥം സർവാധാരമായിരിക്കുന്നത് വ്യവഹാരാതീതമാണ് വ്യവഹാര വിഷയ ഹീ വാചാരംഭമാത്രേ അസ്ഥിത്വഭാവിതാ ബുദ്ധി ഇനി അസ്ഥി എന്ന് പറയുന്ന ബുദ്ധി അല്ലെങ്കിൽ അസ്തിത്വത്തെ ആശ്രയിച്ചു വരുന്ന ബുദ്ധി നസ്തിത്വം ഇതെല്ലാം എന്താണ് വ്യവഹാര വിഷയത്തിന് സംഭവിക്കുന്നത് വാചാരംഭണ മാത്രേ വാക്ക് ആലംബനമായിരിക്കുന്നിടത്ത് പുസ്തകം മേശ എന്നെല്ലാം പറയുന്നിടത്ത് അസ്തിത്വ ബുദ്ധിയുണ്ട് എന്തുകൊണ്ടത് വ്യവഹാര വിഷയമാണ് പറയാനും അനുഭവിക്കാനും കഴിയുന്നുള്ളൂ അതിനെ വർത്തിക്കാൻ കഴിയുന്നുണ്ട് അവിടെയുള്ള അസ്തിത്വ ഭാവിതാ ബുദ്ധി തദ്വിപരീത വ്യവഹാരാതീതം എന്ന പ്രതിബദ്ധത വ്യവഹാരാതീതമാണെങ്കിലും അവിടെ നാസ്തിത്വം അത് അറിയത്തില്ല അസ്തിത്വം അറിയത്തില്ല നാസ്തിത്വം അറിയത്തില്ല നാസ്തി പറയാൻ പറ്റത്തില്ല ശരി പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന രണ്ട് അനുഭവങ്ങളും വ്യവഹാര വിഷയങ്ങളെ സംബന്ധിച്ച് പറയാൻ പറ്റും ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഈ അനുഭവത്തിന് അതീതമായ ഒന്നിനായി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ബ്രഹ്മത്വം ഒരിക്കലും നിഷേധിക്കാൻ കഴിയത്തില്ല നമ്മൾക്ക് അനുഭവപ്പെടുന്ന സർവ്വത്തെയും നിഷേധിക്കാം സത്യം നമ്മൾ കരുതുന്ന ഒന്നിനെ നാളെ അസത്യം എന്ന് പറയാം ഏതിനെയും എന്തുകൊണ്ട് അത് വ്യവഹാരത്തിന് വിഷയമായി വ്യവഹാരത്തിന് അതീതമായ ഒന്നിനെ നാസ്തി എന്ന് അങ്ങനെ പറയാൻ കഴിയും എന്തുകൊണ്ട് അതിനെ നമുക്ക് പറയാം അസ്ഥി നാസ്തി എന്ന് പറയുന്ന ഈ രണ്ടനുഭവത്തിനും അപ്പുറമാണ് സത് അസ്ഥി ജ്ഞാനം അസ്ഥി ആനന്ദം അസ്ഥി എന്നൊക്കെ പറയും ജ്ഞാനമുണ്ട് ആനന്ദമുണ്ട് ഉന്മയുണ്ട് എന്നെല്ലാം പറയും ഇതൊന്നും ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന വ്യവഹാരങ്ങളല്ല അതുകൊണ്ടാണ് അനുഭവവിഷയമായിരിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ ഉണ്ട് എന്ന് വ്യവഹരിക്കാവുന്ന ആനന്ദം അതല്ല ആനന്ദം ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുക ആനന്ദമാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അനുഭവിക്കാനും പറയാനും കഴിയുന്ന ഒരു ആനന്ദമുണ്ട അത് അസ്തിത്വത്തെ സംബന്ധിച്ചും ജ്ഞാനത്തെ സംബന്ധിച്ചും തന്നെ അത് അതുകൊണ്ടാണ് അസ്തിത്വത്തെക്കുറിച്ച് സംബന്ധിച്ച് പറയും പറയും എന്താണ് അസ്തിത്വം വ്യവഹാരത്തിന് അനുഭവപ്പെടുന്നു വിഷയങ്ങളിലൂടെ അനുഭവപ്പെടുന്നു ഇതിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ാനന്ദം അങ്ങനെ ആനന്ദം വ്യവഹാരത്തിൽ വിഷയങ്ങളോട് ചേർന്ന് അനുഭവപ്പെടുന്നു ഞാനും അങ്ങനെ വിഷയങ്ങളെ പ്രകടമാക്കുന്നു ഇതെല്ലാം എന്താണ് വിഷയങ്ങളോട് ചേർന്ന് അനുഭവപ്പെടുന്നു വ്യവഹാരത്തിന് വിഷയവുമാണ് ഇതിനെല്ലാം സംബന്ധിച്ച് നമുക്ക് കൊണ്ട് ഇല്ലാന്ന് പറയാം പക്ഷെ വ്യവഹാരാധീത നാസ്തിത്വമി പ്രതിബദ്ധിതെ നാസ്തിത്വം അനുഭവപ്പെടത്തില്ല യഥാ ഖഡാതിർവ്യവഹാര വിഷയതയാപ്പന്നിപരീത അസന്നിധി പ്രസിദ്ധം എം തത്സമാനിയതിക അപ്പം സാദ് ബ്രഹ്മണോ നശങ്ക ഖടാതിവ്യവഹാര വിഷയതായ ഉപന്ന നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്ന വസ്തുക്കൾ വ്യവഹാരത്തിന് വിഷയമാണ് തദ്വിപരീതം അതിന് വിപരീതമായിട്ടുള്ളത് വ്യവഹാരത്തിന് വിഷയമല്ലാത്തതിന് നമുക്ക് അസത്തെന്ന് പറയാം അങ്ങനെ നമുക്ക് പറയാം വ്യവഹാരത്തിന് വിഷയമായിരിക്കുന്നല്ല അസത്ത് വ്യവഹാരത്തിന് വിഷയമല്ലെങ്കിൽ അസത്ത് എന്ന് പറയും ശശവിഷാണം വ്യവഹാര വിഷയങ്ങൾ അതുകൊണ്ട് അതിനാസത്വം എന്ന് പറയുന്നു ഏവൻ തത്സാമാന്യം ഇതുപോലെ നിഹാബീസ്ആാ ബ്രഹ്മണവും അതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ചും ശശവിഷാണം പോലെ ആ നാസ്തിത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ വാസ്തവത്തിൽ വ്യവഹാരത്തിലേ ഉള്ളു അസ്തിത്വം നാസ്തിത്വം എന്ന അനുഭവം അതിനപ്പുറം അതില്ല പക്ഷേ വ്യവഹാരത്തിന് വിഷയവും വ്യവഹാര വിഷയം അല്ലാത്തതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വ്യവഹാര വിഷയമായിരിക്കുന്ന ഇതല്ല വ്യവഹാര വിഷയമല്ല ശശഭിഷാണ് മുൽക്കൊണ്ട് വ്യവഹാര വിഷയം അല്ലാത്തതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് നാസ്തി എന്ന് പറയാം അതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയാമോ തസ്മത് അതുകൊണ്ട് പറയുന്നു അസ്ഥി ബ്രഹ്മേരി കിം പുനഃചാ തത് അസ്ഥീതി വിദാഹ അതുകൊണ്ടാണെങ്കിൽ സംശയം വ്യവഹാരത്തിന് വിഷയമല്ലാത്തതുകൊണ്ട് ഇത് നാസ്തിയാണ് വാസ്തവത്തിൽ അസ്തിത്വവും നാസ്തിത്വവും വ്യവഹാരത്തിലേ ഉള്ളൂ എങ്കിലും വ്യവഹാര വിഷയമല്ലാത്തതുകൊണ്ട് ഇത് നാസ്തി എന്ന് പറയാമോ അതിന് സമാനമാണ് പറഞ്ഞത് അല്ല സ്വന്തം വിദ്യമാനം ബ്രഹ്മസ്വരൂപേണ പരമാർത്ഥസാത്മാപന്നം അസ് അന്വേഷാം വിജ്ഞയോ പക്ഷേ ഇതിന് അസ്ഥി എന്ന് അറിയുന്നു ആസ്തിയായിട്ടല്ല ശശവിഷാണം പോലെയല്ല ഇതിനറിയേണ്ടതെന്നർത്ഥം അങ്ങനെയൊന്നുണ്ട് വ്യവഹാരത്തിൽ എന്റെ മുമ്പിൽ ഇതിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു അസ്ഥി എന്റെ മുമ്പിൽ ഇതിനെ കണ്ടില്ലെങ്കിൽ ഞാൻ പറയും നാസ്തി ഇപ്പൊ വ്യവഹാരത്തിൽ തന്നെ വരുന്നു അസ്തിത്വം നാസ്തിത്വം ഇതല്ലാതെ മറ്റൊരു നാസ്തിത്വമുണ്ട് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല അല്ലാതെ തന്നെ പറയുന്നു വിശേഷഭിഷാണോ നാസ്തി എന്ന് പറയുന്നു പക്ഷെ ബ്രഹ്മത്തെ അങ്ങനെയല്ല മറിച്ച് എന്താണ് ഇതിനെ അസ്ഥി എന്നറിയുന്നു സ്വന്തം വിദ്യമാനം ബ്രഹ്മസ്വരൂപ അപ്പൊ ഇതിനെ അസ്ഥി എന്നറിയാന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം മുമ്പ് പറഞ്ഞു ഇത് വ്യവഹാരാതീതമാണെന്ന് പറഞ്ഞു പിന്നെ പറയുന്നു ഇതിനെ അസ്ഥി എന്നറിയണമെന്ന് പറയും അപ്പൊ എന്താ എന്റെ താല്പര്യം വ്യവഹാരാതീതമായതിന് അസ്ഥി എന്നെങ്ങനെ അറിയാൻ കഴിയും അസ്ഥി എന്നറിഞ്ഞെങ്കിൽ നാസ്തി എന്നാവും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അസത്താണെന്നും പറഞ്ഞു വ്യവഹാരാതീതമായ ഒന്നിനെ അസ്ഥി എന്നറിയാന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം പറയുന്നു വിദ്യമാനം ബ്രഹ്മസ്വരൂപേണ അതിൻ്റെ താല്പര്യം ഏതാണ് അവൻ ബ്രഹ്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് അസ്ഥി എന്നറിയുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപേണ വിദ്യ എന്നാണ് അവൻ സ്വയം ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു അവൻ ബ്രഹ്മസ്വരൂപമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ അന്നമയാദി കോശങ്ങളിൽ താതാന്യപ്പെട്ടിട്ട് അതാണെന്ന് കരുതുന്നില്ല അന്നമയാദി കോശങ്ങളെ അനുഭവപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്റെ അസ്ഥിത്വത്തെ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന തന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരുണ്ട് അതുകൊണ്ട് അവന് നാസ്തിത്വ ബുദ്ധിയുണ്ട് മരിച്ചെന്താണ് ബ്രഹ്മസ്വരൂപേണ വിദ്യമാനം ബ്രഹ്മസ്വരൂപത്തിൽ നിലനിൽക്കുന്നു പരമാർത്ഥസത്ത് ആത്മാപനം പരമാർത്ഥസത്തായ ആത്മസ്വരൂപമായി തന്നെ തീർന്നു അവൻ ആത്മസ്വരൂപമായിരിക്കുന്നു ഇത്രയൊക്കെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും എത്രയൊക്കെ തിരിച്ചും മറിച്ചും ചിന്തിച്ചു കഴിഞ്ഞാൽ വാക്കുകൾക്ക് അത്രയും പ്രവർത്തിക്കാൻ പറ്റും പരമാർത്ഥ സത് ആത്മാപരണം പരമാർത്ഥസത്തായ ആത്മാവായി തീർന്നിരിക്കുന്നു എന്നുള്ളത് എന്നറിഞ്ഞാൽ എന്താണ് ഇതിനോടൊക്കെയുള്ള താതമ്യം വിട്ടിരിക്കുന്നു അന്നം പ്രാണം മനസ് ബുദ്ധി ആനന്ദം ഇതിലെല്ലാം ഉള്ള അവന്റെ ഭ്രമം മാറി പരമാർത്ഥ സത് സ്വരൂപത്തിലിരിക്കും ഇങ്ങനെയുള്ളവനെ ബ്രഹ്മവിത ബ്രഹ്മവിത്തുകൾ അവനെ അറിയുന്നു ആത്മസ്വരൂപനായിരിക്കുന്നവനറിയുന്നു തത് തസ്മാനെ സന്തം സത്തെന്നറിയുന്നു അറിയുന്നു സത്തായി അറിയുന്നു അവൻ ആത്മസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ടവന് സത്തായി അറിയുന്നു തസ്മാത് അസ്തി നാസ്തിത്വ വേദനമല്ല അസ്തിത്വ അവൻ ശൂന്യതയുടെ അനുഭവമല്ല ഉണ്മയുടെ അനുഭവമാണ് അതുകൊണ്ടവന് അന്വേഷണം ബ്രഹ്മപത് വിജയോ ഭൂതി മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം എങ്ങനെയാണോ വിജ്ഞേയമായിരിക്കുന്നത് ശ്രോതവ്യോ മന്ദവ്യോ നിര്ധ്യാസവ്യോ ആത്മാവാരെ ജ്ഞാതവ്യ വിജ്ഞേയമായിരിക്കുന്നു ആത്മാവ് വിജ്ഞേയമായിരിക്കുന്നു ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് ആത്മാവ് വിജ്ഞയമായിരിക്കുന്നു ഇവിടെ പറയുന്നു സന്തും അതുപോലെ വിജ്ഞേയമായിരിക്കുന്നു സത് ആത്മാവിനെ പോലെ തന്നെ അവൻ വിജ്ഞയമായിരിക്കുന്നു അന്വേഷണം വിജ്ഞയോഭവതി അനുസന്ധം ആത്മാവ് എങ്ങനെയാണോ ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്നത് അതുപോലെ ആത്മതത്വത്തെ ഗ്രഹിച്ചവനും ജിജ്ഞാസയ്ക്ക് വിഷയമാണ് അന്യർക്ക് ആത്മതത്വത്തെ ഗ്രഹിച്ചവനെ അറിയുന്നത് തന്നെ ആത്മാവിനെ അറിയുന്നത് രണ്ടും രണ്ടാണ് എന്നുവെച്ചാൽ ആത്മതത്വത്തെ ഗ്രഹിച്ചവന്റെ മനസ്സിനെയോ ചേഷ്ടകളെയോ വാക്കിനെയോ ഒന്നും അറിയുന്നതിനെ കുറിച്ചല്ല പറയുക അവന്റെ തത്വം എന്ന് പറയുന്നത് ആ ബ്രഹ്മതത്വം തന്നെയാണ് ആത്മവിത്തിൽ മനസ്സിലാക്കേണ്ടതെന്താണ് ആത്മവിത്തിന്റെ തത്വത്തെയാണ് എന്തുകൊണ്ടത് പരമാർത്ഥതമാണ് ആ തത്വത്തെ അറിയുന്നതാണ് പരമാർത്ഥ അല്ലാതെ ബാഹ്യമായ ജ്യേഷ്ഠകളെയോ വാക്കിനെയോ രൂപത്തെയോ ഒന്നും മനസ്സിലാക്കുന്നതിൽ അതെല്ലാം അനിത്യമാണ് മാറിപ്പോകുന്നതാണ് നശിക്കുന്നതാണ് അപ്പൊ ബ്രഹ്മവിദ്യ ബ്രഹ്മമായി അറിയുന്നു അതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മവത് വിജയോ ഭൗതിത്യത് അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തന്നെ അറിയുന്നു അതാണ് എന്റെ ശരിയായ വ്യാഖ്യം അതിന് ആ വ്യാഖ്യാനം പൂർണ്ണമായി സന്തമേനം തതോ വിതു അവൻ തന്നെ ബ്രഹ്മം അസ്ഥി ബ്രഹ്മേദി ഏതെങ്കിലും ഒരുവൻ ഇതിന് സുസ്വരവുമായി അസ്തി ഈ പരമാർത്ഥ സത്യത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ അവൻ സത്തായി അവനെ പരമാർത്ഥസത്തായി തന്നെ മറ്റുള്ളവരറിയണം അല്ല അവൻ്റെ നാമരൂപങ്ങളിൽ വീണ്ടും ഭ്രമിക്കരുത് അല്ലെ ബ്രഹ്മവി ബ്രഹ്മവ ഭവതി വേറെ തിരത്തി പറയും ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മൻ തന്നെയാണ് ബ്രഹ്മത്തെ അറിയുന്നവൻ ഗുരു ഇപ്പൊ ഗുരുവിന്റെ തത്വം എന്താണ് ആ ബ്രഹ്മൻ തന്നെയാണ് അല്ല ഗുരുവിന്റെ നാമരൂപങ്ങളല്ല തത്വം വ്യവഹാരങ്ങളുടെ തത്വം തത്വം അതുകൊണ്ട് അങ്ങനെ സത്തായിരിക്കുന്നു ഗുരു അതാണ് പറയുന്നതിൻ്റെ താല്പര്യം അഥവാ ഇനി ഇതിനെ ഒരു വ്യാവഹാരികമായ തരത്തിൽ വ്യാഖ്യാനിക്കണം പരമാർത്ഥ വ്യാഖ്യാനം കഴിഞ്ഞു അപ്പോൾ ആവശ്യത്തെ കൂടുതൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിനെ അതിവ്യാഖ്യാനവും പറയും ശങ്കരാചാര്യത്തിൽ ചിലടത്ത് അതിവ്യാഖ്യാനം നടത്തും പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്തതും പറയും ചില സ്ഥലങ്ങളിൽ അങ്ങനെ പറയും നമുക്കൊന്നും ആവശ്യമില്ലാത്ത കാര്യ അഥവാ യുവ നാസ്തി ബ്രഹ്മേതി മന്യതേ സസർവസേവ സന്മാർഗസ് വർണ്ണ ആശ്രമാതി വ്യവസ്ഥാ ലക്ഷണസ്യ അശ്രദ്ധാനതയാസ്തിത്വം പ്രതിബദ്ധ്യത ബ്രഹ്മ പ്രതിപത്യർത്ഥത്വ ഇവിടെ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യം ഇപ്പൊ പറയുന്നു ഭരണത്തെ കുറിച്ചോ ആശ്രമത്തെക്കുറിച്ചോ നമ്മുടെ ഒരു ചർച്ചയും ഇവിടെ പറയുന്ന കാര്യവും ഇതുമായിട്ടൊരു ബന്ധവും സത്തെന്ന് പറഞ്ഞാൽ മുമ്പ് വ്യാഖ്യാനിച്ചെന്താണ് ബ്രഹ്മൻ തന്നെ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ആയാ ബ്രഹ്മം അവനെ ബ്രഹ്മമായി തന്നെ അറിയണം എന്ന് പറയുമ്പോൾ അത് പൂർണമായി എന്നാലും വ്യവഹാര ദൃഷ്ടി അവലംബിച്ചുകൊണ്ട് ഒരതിവ്യാഖ്യാനം കൂടെ ഇവിടെ നടത്തുകയാണ് ഇവിടെ സത്തം പറഞ്ഞാൽ എന്താണ് ആ സന്മാർഗത്തിൽ സന്മാർഗസ് സന്മാർഗം എന്നിവിടെ പറഞ്ഞു സന്മാർഗം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ ഉദ്ദേശിക്കുന്ന എന്താണ് വർണ്ണ ആശ്രമാ വർണ്ണാശ്രമാവസ്ഥ ലക്ഷണസ്യതാണ് വർണ്ണാശ്രമാതി വ്യവസ്ഥ ഇവിടെ വർണ്ണത്തി ആശ്രമത്തി ഒന്നും മരിച്ചു കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവ അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നാലും വ്യവഹാര ദൃഷ്ടി അവലംബിച്ച് ഇത്തരം ശങ്കരാചാര്യരുടെ ഈ വ്യാഖ്യാനത്തെ സുരേഷ് രാജർ ശിഷ്യൻ പോലും ചോദ്യം ചെയ്തിട്ടുണ്ട് ഇത് ശരിയല്ല ഇവിടെയെന്ന വേറെ സങ്കല്പ അത് അയ്യോ നാസ്തി ബ്രഹ്മേദി മഞ്ഞതേ ആരാണോ ബ്രഹ്മം ഇല്ല എന്ന് കരുതുന്നത് സർവസൈവ സന്മാർഗസ് അവനന്ദിക്കുന്നു സത്വനുറയുടെ സന്മാർഗം നടന്നു സന്മാർഗം എന്ന് പറയുന്നതാണ് വർണ്ണ ആശ്രമാതി വ്യവസ്ഥ അശ്രദ്ധാനതയാ അതിൽ ശ്രദ്ധയില്ലാത്തവനായി വർണ്ണ വ്യവസ്ഥകളിൽ ശ്രദ്ധയില്ലാത്തവനായി നാസ്തിത്വം പ്രതിബദ്ധത അതിൽ നാസ്തിത്വ ബുദ്ധി വരുന്നു അതിൽ നാസ്തിത്വം വന്ന എന്റെ കുഴപ്പം ഭരണവും വേണ്ട ആശ്രമവും വേണ്ട എന്ന് കരുതി എന്താ കുഴപ്പം പറയുന്നു അത് പാടില്ല എന്നുണ്ട് ബ്രഹ്മപ്രതിപത്തി അർത്ഥത്വ സസ്യം വേറെ ഭാഗങ്ങളിലും പറയും ഇത് ശങ്കരാചാര്യ വിശ്വാസമാണ് അതായത് വർണവും ആശ്രമവും ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്രഹ്മജ്ഞാനത്തിന് ഇത് രണ്ടും കൂടിയേ തീരും വർണ്ണവും ആശ്രമവും അറി എന്റെ തെളിയിച്ച അടിക്കാർ ഞാൻ പറയുന്നതല്ല ശങ്കരാചാര്യ പറയുന്നതാണ് ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി ഇത് രണ്ടും കൂടിയേ തീരുന്ന വർണ്ണവും ആശ്രമവും ബ്രഹ്മപ്രതിപത്യർത്ഥത്വച്ചാൽ തസ്യ സന്മാർഗസ് ഈ സന്മാർഗം വർണ്ണവും ആശ്രമവും ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി ഇത് രണ്ടും പാലിക്കണമെന്നാണ് വർണ്ണവും ആശ്രമവും ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുന്നിടത്താണ് കുഴപ്പം ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി ആശ്രമം പാലിക്കണമെന്ന് പറഞ്ഞാൽ മനസിലാവും ബ്രഹ്മചര്യവും ഗർഭസ്ഥ്യവും സന്യാസം ഈ ആശ്രമങ്ങളെല്ലാം ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി ഒരാൾ പാലിക്കണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകും കാരണം ആശ്രമങ്ങളുടെല്ലാം ധർമ്മമുണ്ട് ഇവിടെ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അപ്പോൾ അത് സന്മാർഗമാണ് അതിനോട് ചേർന്ന് തന്നെ വർണ്ണമെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല എന്തുകൊണ്ട് ആശ്രമധർമ്മങ്ങൾ മതി ്രഹ്മചര്യം സന്യാസം ബ്രഹ്മചര്യം വ്രതം സന്യാസം ത്യാഗം ഇതെല്ലാം അതിൻ്റെ മൂല്യത്തിൽ തത്വത്തിലാണ് പ്രാധാന്യം ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ വർണ്ണത്തിനനുസരിച്ചത് മാറാൻ പറ്റത്തില്ല ബ്രാഹ്മണനൊരു ബ്രഹ്മചര്യം ക്ഷത്രിയനൊരു ബ്രഹ്മചര്യം അങ്ങനെ ബ്രഹ്മചര്യം പലതാകത്തില്ല ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അതിൽ വ്രതമാണ് ആ വ്രതം എന്ന് പറയുമ്പോൾ പിന്നെ അതിന് വർണ്ണത്തെ കൊണ്ടുവരേണ്ട കാര്യമില്ല സന്യാസം ത്യാഗരൂപത്തിലുള്ളതാണ് ത്യാഗത്തിന് വർണ്ണഭേദം നിറഭേദമൊന്നുമില്ല ആ സന്യാസം എന്താണ് ബ്രഹ്മപ്രതിപത്തി അർത്ഥത്വ ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി അത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് വർണ്ണമനുസരിച്ച് എങ്ങനെ വ്യത്യാസം വരും ബ്രാഹ്മണന്റെ സന്യാസം പേര് ക്ഷത്രിയന്റെ സന്യാസം പേര് ശൂദ്രന്റെ സന്യാസം പേര് അങ്ങനെ പല സന്യാസം പേരും വരുന്നില്ലെങ്കിൽ പിന്നെ വർണ്ണമെന്ന് എന്തിനു പറയണം പിന്നെ വർണ്ണമെന്ന് പ്രയോഗിക്കേണ്ട കാര്യമില്ല അപ്പൊ ആശ്രമവ്യവസ്ഥ ബ്രഹ്മപ്രതിപത്യ അർത്ഥത്വമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യുക്തിഭംഗം എന്ന് പറഞ്ഞു പക്ഷെ വർണ്ണ ആശ്രമ വ്യവസ്ഥ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ അതിൽ വ്യക്തിഭംഗം വരും കാരണം ആശ്രമവ്യവസ്ഥ മതി ബ്രഹ്മ പ്രതിഫർത്തി വർണ്ണത്തിൻ്റെ ആവശ്യമില്ല കാരണം സന്യാസമെന്ന് പറയുമ്പോൾ തന്നെ അത് പൂർണ്ണമാണ് ത്യാഗം വൈരാഗ്യം അതിന് മറ്റൊന്ന് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം വരുന്നു അല്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള സന്യാസം എന്ന് പറയേണ്ടി വരും ത്യാഗമില്ലാത്ത സന്യാസം സന്യാസം വൈരാഗ്യല്ലാത്ത സന്യാസം വൈരാഗ്യമുള്ള സന്യാസം അങ്ങനെയുള്ള സന്യാസമാണെങ്കിൽ അതെന്താണ് ബ്രഹ്മപ്രതിപത്തി അർത്ഥം എന്ന് പറയാൻ പറ്റില്ല ബ്രഹ്മപ്രതിപത്തില്ല സന്യാസമല്ലാതായിരിക്കും ആശ്രമം പറയുമ്പോ അവിടെ വ്യവസ്ഥ വന്നു കഴിഞ്ഞു ബ്രഹ്മപ്രതിപത്തി വേണ്ടി വന്നാൽ അത്രയും പറയാം അത് ഈ സന്ദർഭത്തിൽ ആവശ്യമില്ല പിന്നെ വർണ്ണമെന്ന് ചേർക്കുന്നത് അസംബന്ധമാണ് അനാവശ്യമാണ് ശങ്കരാചാര്യർ പറഞ്ഞാലും അത് അസംബന്ധമാണ് അതുകൊണ്ട് സന്മാർഗസ് തസ്യ അങ്ങനെ അതിന് ഇവിടെ വളച്ചു തിരിച്ചറിവയ്ക്ക ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മൻ തന്നെയെന്നുള്ളതിന് ഉടനെ അതിനെന്ത് ചെയ്തു നേരെ വർണ്ണാശ്രമത്തിലേക്ക് കൊണ്ടുപോയി വർണ്ണത്തിലേക്ക് കൊണ്ടുപോകും അതോ നാസ്തികസോ അസൻ അസാധുരിച്ഛ അതുകൊണ്ടെന്താണോ അസൻ എന്നൊക്കെ നാസ്തികൻ അസൻ നാസ്തികൻ എന്ന് പറയുന്നു അസാധു എന്ന് പറയുന്നു ലോകത്ത് അപ്പത് ലോകത്തിലെ കാര്യമായിട്ടാണ് പറയുന്നത് വ്യവഹാരത്തിലെ കാര്യമായിട്ടാണ് പറയുന്നത് പരമാർത്ഥത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യവഹാരത്തെക്കുറിച്ച് പറയേണ്ട കാര്യം അത് പ്രത്യേകം പറയുന്നു അത് ഒരു കാലത്തെ വ്യവഹാരം അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം ഞാൻ പറയുന്നത് ഈ ലോകം ഇന്നത്തെ വ്യവഹാരത്തിൽ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് തദ്വിപരീതാസോ അസ്ഥി ബ്രഹ്മേദാസ്രഹ്മപ്രതിപദ്ധേതും സന്മാർഗം വർണാശ്രമാധി വ്യവസ്ഥാലക്ഷണം യഥാവ പ്രതിബദ്ധ്യത യസ്മാ ന്തം സാധുമാർഗസ്തം വിധു സാധവ ലോകബുദ്ധിയനുസരിച്ച് സങ്കരാചാര് കാലത്തുള്ള ലോകത്തിന്റെ ബുദ്ധിയനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിന്റെ ബുദ്ധിയനുസരിച്ചായിരിക്കും അസ്ഥി ബ്രഹ്മ എന്നറിയുന്നവൻ ബ്രഹ്മപ്രതിപത്തിഹേദം ബ്രഹ്മമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മപ്രതിപത്തിക്ക് ഹേതുവായിരിക്കുന്ന എന്താണ് സന്മാർഗം ബ്രഹ്മപ്രതിപത്തിക്ക് ഹേതുവായിരിക്കുന്ന സന്മാർഗം തന്നെയാണ് അതെന്താണ് വർണ്ണ ആശ്രമാദി വ്യവസ്ഥാ ലക്ഷണം വർണ്ണവ്യവസ്ഥ ആശ്രമവ്യവസ്ഥ വർണ്ണമെന്നുള്ളത് കൊണ്ട് ഗുണകർമ്മങ്ങളെന്തെടുക്കുകയാണെങ്കിലോ എന്നാൽ പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ആശ്രമമെന്നുള്ള മാത്രം വർണ്ണത്തിന്റെ ആവശ്യക ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് ആശ്രമം അതങ്ങനെയാണ് ശമതമാധി ഗുണങ്ങളുള്ളവനാണ് സന്യാസി നടക്കിന്റെ വർണ്ണത്തിന്റെ ആവശ്യക ശമതമാധി ഗുണങ്ങളുള്ളവൻ സന്യാസിയാണ് ഉടക്കിന്റെ വർണ്ണം എന്ന് പറയുന്ന പ്രശ്നം വരുന്നിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് അപ്പോൾ അതിനെ വ്യവസ്ഥാലക്ഷണം ശ്രദ്ധധാനതയെ ശ്രദ്ധയോട് വിശ്വാസം കൊണ്ട് പിന്തുടരുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ശങ്കരാചാര്യരുടെ ഒരു വിശ്വാസം കാലത്തിന് നിരക്കാത്തൊരു വിശ്വാസം യഥാവതിബദ്ധ്യതയെ ആരാണോ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കുന്ന ഒന്നാണ് ആശ്രമത്തെ യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് പറയുന്നത് ശ്രദ്ധധാനതയാണ് അത്യധികമായ വിശ്വാസങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് വർണം സത്യമാണ് ആശ്രമം വേണ്ടതാണ് എന്നിങ്ങനെ വിശ്വാസം കൊണ്ട് ഗ്രഹിക്കുന്നു യഥാവത് പ്രതിബദ്ധതയെ നേരാമണ്ണം ഗ്രഹിക്കണം യസ്മാത് തസ്മാം ആ വർണ്ണ ആശ്രമ വ്യവസ്ഥകളെ പാലിക്കുന്നത് എന്നാണ് അതിൽ ആശ്രമവ്യവസ്ഥയോട് ആർക്കും അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല പക്ഷേ വർണ്ണവ്യവസ്ഥയോട് വ്യത്യാസം അങ്ങനെയുള്ളവനെ സ്വന്തം സാധുമാർഗസ്തം ഏനം വിദു അവനെ സാധുമാർഗത്തിൽ സഞ്ചരിക്കുന്നുവനെന്ന് പറയുന്നു ആര് സജ്ജനങ്ങൾ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ ശങ്കരാചാര്യ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് എന്താണ് ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി വർണ്ണവും ആശ്രമവും കൂടിയേ തീരും വർണ്ണം വേറെയാണോ ആശ്രമം വേറെയാണ് അതാണ് എൻ്റെ മാർഗം ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് അത് അതിനാധാരം എന്താണ് ശ്രദ്ധ വിശ്വാസം അതുകൊണ്ടാണ് ഈ വർണ്ണവ്യവസ്ഥയും മറ്റും ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിനാണ് ഇത് അതിവ്യാഖ്യാനം നമ്മൾ ആദ്യത്തെ വ്യാഖ്യാനം മനസ്സിലാക്കിയാൽ മതി രണ്ടാമത്തെ വ്യാഖ്യാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സ് കലങ്ങിപ്പോകും ഉള്ള ബ്രഹ്മജ്ഞാനം കൂടി നഷ്ടപ്പെടും തസ്മാത് അസ്ഥിത്യവ ബ്രഹ്മപ്രതിപത്തവ്യം ഇതി വാക്യാടത്ത് ചുരുക്കത്തിൽ പറയുന്നു എന്താണോ ഈ അതിവ്യാഖ്യാനങ്ങളെല്ലാം വിട്ടു കഴിഞ്ഞ അസ്ഥി ബ്രഹ്മേത്യവ പ്രതിപത്തം ബ്രഹ്മം അസത്താണ്സ്വരൂപമാണ് ഇതേ ഉള്ളതിന്റെ താല്പര്യം അതുകൊണ്ട് പറയുന്നു ഇതി വാക്യാടത്ത ഈ വാക്യത്തിന്റെ താല്പര്യം ഇത്രയും മനസ്സിലാക്കിയാണോ ബാക്കി വർണ്ണവും ആശ്രമവും ഒക്കെ തിരികെ കേട്ടുകയാണ് സ്ത്രീ മനസ്സിലാക്കിയാൽ മതി തസ്മാ അസ്ഥിദേവധർമ്മ പ്രതിബദ്ധി വാക്യങ്ങളുതിവാക്യത്തിന്റെ താല്പര്യം ഇത് തന്നെ ആ ബ്രഹ്മത്തെ സ്വസ്വരൂപമായി തിരയിക്കുക അതാണ് അറിയേണ്ടത് അത് ആനന്ദമയ കോശത്തിന്റെ വിശദീകരണത്തിലാണ് ഈ ഭാഗം വന്നത് അതുകൊണ്ട് അതിന് തുടർന്നു വരുന്ന വിഭവം പറയുന്നു തസ്യ പൂർവശ്യ വിജ്ഞാനമേ സേവ യേശ ശരീരേ വിജ്ഞാനമേ ഭവശാരീര ആത്മാ ആ ആത്മാവായിരിക്കുന്നു ആനന്ദമയ മുമ്പ് പറഞ്ഞതുപോലെ പറയും അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്നു അതിനേക്കാൾ വ്യാപകമായിരിക്കുന്നു അതിനും ആധാരമായിരിക്കുന്നു എന്നെല്ലാം മുമ്പ് ഭാഷകാരം പറഞ്ഞിട്ടുണ്ട് ആനന്ദമയോ അതിനുപരിയാണ് തമ്പ്രതിത്വ അത് ഇല്ലേ അങ്ങനെയൊന്നുള്ളൊരു ശങ്ക വേണ്ട അപോ സർവവിശേഷത്വത്ത് ബ്രഹ്മണോ നാസ്തിത്വം പ്രതി ആശങ്ക യുക്ത അപോഠ സർവശേഷത്വ സർവസാമാന്യാച്ച ബ്രഹ്മണോ യസ്മാ ബ്രഹ്മത്തെക്കുറിച്ചൊരു ആശങ്ക വരാം എന്തുകൊണ്ട് സർവവിശേഷത്തെയും നിഷേധിച്ചിരിക്കുന്നു ഒരടയാണമില്ലാത്തതിനെ കുറിച്ചൊരാൾക്ക് സംശയം തോന്നാം ഉണ്ടോ എന്ന് അങ്ങനെ ഒരു സംശയം തോന്നുന്നതിനും തെറ്റില്ല പക്ഷെ എന്നാലും ശരി അത് ബോധിപ്പിക്കുന്നു അങ്ങനെ ഒരു സംശയം വരാം ഒരടയാളമില്ലാത്തതൊന്നും ഉണ്ടെന്നങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് അതിനെ അസ്തിത്വമായി ബോധിപ്പിക്കുന്നു ഇപ്പൊ ബ്രഹ്മ എന്ന് ആ തത്വത്തിന് അതിന വ്യവഹാരാതീതം എന്ന് പറഞ്ഞ് വാക്കിനും മനസ്സും എത്താത്താണെന്ന് പറഞ്ഞ് അസ്വാഭാവികമായിട്ടും ഒരാൾ ചിന്തിക്കാത്തൊരു ശൂന്യമായിരിക്കും അതുകൊണ്ട് ശ്രീ ദേവനാഥനെ അസ്തിത്വ രൂപത്തിൽ ബോധിപ്പിക്കുന്നു അല്ല വാസ്തവത്തിൽ അതിൽ അസ്തിത്വം എന്ന് പറയുന്ന ഒരു ധർമ്മം ഉണ്ടായിട്ടില്ല മറിച്ച സർവസാമാന്യച്ച ബ്രഹ്മണോ ബ്രഹ്മം സർവസാമാന്യമായിരിക്കുന്നു സർവത്തിൽ സാമാന്യ രൂപത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവം അത് ആ നിഷേധത്തിന്റെ വശത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക നിഷേധിക്കുന്നതിന് ചില താല്പര്യങ്ങളുണ്ട് നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ടത് സർവ്വസാമാന്യ സർവന്നെയാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് സർവവുമായിരിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിനെ നിഷേധിക്കാൻ പറ്റും നിഷേധിച്ച് നിഷേധിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് ശൂന്യമൊന്നല്ല അത് തന്നെയാണ് ഈ കാണുന്നതല്ല അനുസർവസാമാന്യ പറയും ആകാശവാദി കാരണത്വ ആകാശവാദികൾക്ക് കൂടി കാരണമായിരിക്കുന്നു ഈ സർവവും അത് തന്നെ അത് തന്നെ ഈ സർവവുമായിരിക്കുന്നു യസ്മാ അത് തസ്മാ ശേഷ ശരീരാത്മർവസ്യ ആ ഭാഗമാണ് വ്യാഖ്യാനിച്ചത് ആനന്ദമയകത്തെ കുറിച്ച് അത് കഴിഞ്ഞടുത്ത ഭാഗത്തെ കുറിച്ച് പറയൂ അഥ അനന്തരം ശ്രോത ശിഷ്യാഹ ആചാര്യം അനു ജീവിത ആചാര്യൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയ ശിഷ്യൻ താൻ പൂർണമായും മനസ്സിലാക്കിയില്ല ഏകദേശം മനസ്സിലായി അതുകൊണ്ട് ആചാര്യു അനു ആചാര്യന്റെ ആ പറച്ചിനെ തുടർന്ന് ഏതേ പ്രശ്ന കുറച്ച് ചോദ്യങ്ങൾ ശിഷ്യന്റെ ഭാഗത്ത് ഇനിയുമുണ്ട് എന്താണ് ചോദ്യം സാമാന്യം ഹി ബ്രഹ്മ ആകാശാദി കാരണത്വ ബ്രഹ്മത്തിനും പക്ഷഭേദമില്ല അത് സർവത്തിനും കാരണമായിരിക്കുന്നു അത് സർവാത്മകമാണെന്നും പറയും സർവസ്വരമായിരിക്കുന്നു എന്നും പറയും അങ്ങനെയാണെങ്കിൽ വിദ്വാനും അവിദ്വാനും ആ ബ്രഹ്മം തന്നെ പ്രത്യേകിച്ച് വിദ്വാനായിട്ട് എന്താ പ്രയോജനം എല്ലാതാണ് ആകാശാദി കാരണത്വ വിദുഷോ അവിദ്ഷസ് വിദ്വാനെ സംബന്ധിച്ചും അവിദ്വാനെ സംബന്ധിച്ചും ്രഹ്മത്തെ സംബന്ധിച്ച് പക്ഷമേ തോന്നുന്നു ബ്രഹ്മം ഒന്ന് സാറിന പറയാറുണ്ട് താൻ ബ്രഹ്മത്തെ അറിഞ്ഞില്ലെങ്കിലും ബ്രഹ്മജ്ഞാനിയായില്ലെങ്കിലും ബ്രഹ്മം തന്നെ ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഇനി വിശേഷിച്ച് സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച ഒരു ബ്രഹ്മജ്ഞാനിയാവുന്നതിന് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റം സംഭവിക്കുന്നില്ല ബ്രഹ്മം വന്നു ഇന്ന് ഒരുപോലെ തന്നെ താൻ അജ്ഞനായിരുന്നപ്പോഴും ജ്ഞാനിയായിരുന്നപ്പോഴൊക്കെ ബ്രഹ്മത്തിന് മാറ്റം ഈ ക്ലേശകരമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചൊരു ബ്രഹ്മജ്ഞാനിയാകുന്നോണ്ടോ വിശേഷിച്ച് സംഭവിക്കുന്നു എന്തെങ്കിലും വിശേഷിച്ച് സംഭവിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞതല്ല അസംബന്ധമാണെന്ന് എന്തുകൊണ്ട് സാമാന്യം അതിന് സാമാന്യം എന്നാ പറഞ്ഞു കഴിഞ്ഞു അത് യാതൊരു തരത്തിലുള്ള പക്ഷഭേദവും ഇല്ല തസ്മാദ് അവിധുഷോഭി ബ്രഹ്മപ്രാപ്തി രാശങ്കിത അതുകൊണ്ട് വിദ്വാനെപ്പോലെ തന്നെ അവിദ്വാനും ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കുകയാണ് വിദ്വാനും അവിദ്വാനും നിങ്ങൾ ഒരു ഭേദവും പറയാനില്ല ഇവിടെയാണ് അവർ രണ്ടുപേരെയും വേർതിരിക്കുന്നത് ഇത് ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള അങ്ങനൊരു ചോദ്യം നേരിട്ട് ഇവിടെ ചോദിക്കുകയില്ല അങ്ങനെ ഒരു ചോദ്യത്തിന് നേരിട്ടൊരു മറുപടിയും പറയും പക്ഷേ ഈ ചോദ്യത്തിൽ ആ ചോദ്യം ഉണ്ട് ഇതിന് മറുപടിയും പറയുന്നുണ്ട് ഇവിടെ എന്താണ് ചോദിക്കുന്നത് അതാതു അനുപ്രശ്നാഹ ഇനി ചില ചോദ്യങ്ങളൊന്നാണ് പ്രശ്ന പ്രശ്നാഹ ബഹുവചനമാണ് ബഹുവചനമായതുകൊണ്ട് ഒരു ചോദ്യമല്ല എന്തായാലും മൂന്നിൽ കൂടുതൽ വേണം മൂന്നോ മൂന്നോ കൂടുതലോ വേണം അതുകൊണ്ട് ഇതിന് ഭാഷകാരം പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഉള്ള ചോദ്യങ്ങളുണ്ടാകാം ഉദ അവിദ്വാൻ അമ്മും ലോകം പ്രേത്യന മിച്ചതീ ക്ലുതമാണ് ചോദ്യം നീട്ടി ചോദിക്കാറുണ്ട് ആ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നു ഇതിനെ രണ്ടു മൂന്ന് ചോദ്യങ്ങളാക്കി വ്യാഖ്യാനിപ്പിക്കുന്നു ഊത്ത എന്റെ അർത്ഥം പെരുന്ന് ആപ്പി ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവിദ്വാൻ അമും ലോകം പരമാത്മാനം ഇത പ്രത്യശബ്ദോ അഭ്യർത്ഥി വീണ്ടും ഒരു ചോദ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവിദ്വാൻ അഭി ഗച്ചതി പ്രാപ്തനോദി ഇതാണ് അവിദ്വാൻ അമും ലോകം പരമാത്മാനം ഇതുവരെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറയണത് കൊണ്ടാണ് അമും ലോകം എന്ന് പറഞ്ഞാൽ പരമാത്മാവെന്ന് പറയുന്നത് ീ പരമാത്മാവിനെ ഇതഹ പ്രേത്യ ഇവിടം വിട്ടിട്ട് ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പ്രാപിക്കുന്നുണ്ടോ കഹ ചന എന്നെ അവിദ്വാൻ ഒരു പ്രാപിക്കുന്നുണ്ടോ അവിദ്വാനഭി ഗതി പ്രാപനോദി കിംബാ നഗച്ചതി ഇനി ദ്വിതീയോപി പ്രശ്നം രണ്ടാമതൊരു ചോദ്യം കൂടെ അതോ ഇനി പ്രാപിക്കുന്നില്ലേ അനുപ്രശ്ന ഇവിടെ അനുപ്രശ്നത്തിൽ സംബന്ധിച്ച് രണ്ട് ചോദ്യങ്ങളാണ് ഇത് അവിദ്വാന് സാമാന്യം കാരണമൊക്കെ ബ്രഹ്മ നഗച്ചതി ബ്രഹ്മ ബ്രഹ്മം സാമാന്യമായിരിക്കുന്നു ഒരുപോലെ സമാനമായിരിക്കുന്നു സർവ്വരെ സംബന്ധിച്ചും അതുകൊണ്ട് ്രഹ്മനഗഛതി പിന്നെ വിദ്വാൻ പ്രാപിക്കുന്നില്ല വന്നു കഴിഞ്ഞാൽ വിധുഷോഭി ബ്രഹ്മഗമനം ആശങ്കയിൽ വിദ്വാനും പ്രാപിക്കാതിരുന്നുകൂടെ പറയുന്നുണ്ട് അവിദ്വാന് പ്രാപിക്കുന്നില്ല ബ്രഹ്മം എല്ലാവർക്കും സമമാണെങ്കിലും സമമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അവിദ്വാൻ പ്രാപിക്കുന്നെങ്കിൽ വിദ്വാനങ്ങനെ പ്രാപിക്കും വിദ്വാനും പ്രാപിക്കാതിരിക്കാൻ അതിലെന്താ യുക്തി അദ്ദേഹത്തം പ്രതിപ്രസ്നാഹോ വിദ്വാൻ അതുകൊണ്ട് വിദ്വാനെ സംബന്ധിച്ച് ചോദ്യമാകും വിദ്വാനും ബ്രഹ്മമല്ലെങ്കിൽ വിദ്വാനില്ല എന്തുകൊണ്ട് ബ്രഹ്മത്തിനു പക്ഷഭേദമല്ല ഒരുപോലെയാണെന്നാണ് വിദ്വൻ ബ്രഹ്മവിധി പശ്ചിത്യം ലോക സമസ് ബ്രഹ്മവിത്തെന്ന് പറയുന്നത് വിദ്വാനും ഈ ആത്മാവിനെ പ്രാപിക്കാതിരിക്കാമല്ലോ അവിദ്വാനം നിഷേധിച്ചാൽ വിദ്വാനും നിഷേധിക്കേണ്ടി വരും അതാണ് അവിടുത്തെ ഭാഷയുടെ വ്യാകരണത്തെക്കുറിച്ച് പറയുന്നത് സമശ്വനത്തിൽ അങ്ങനെയാണ് സമശ്വനായി അതെങ്ങനെ വന്നു സമശ്വനമാണ് ഇത്യേകം സ്ഥിതി അയ്യാദേശ അയ്യാദേശം വന്ന് ലോകശാകല് അകാരം ലോപിച്ച് അതിന്റെ നിയമങ്ങളെ കുറിച്ച് പറയണെങ്കിൽ അകാരസ്യ അകാരം പ്ലുദമായി സംയോജ്യ പൃഥ്ചേ ഒരു ചോദ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചില സർക്കസുകൾ കാണിക്കുകയാണ് ഭാഷയുടെ സർക്കസ് ഉകാരത്തിൽ നിന്ന് ഉകാരമെടുത്ത് പൂർവത്തിൽ നിന്ന് തകാരമെടുത്ത് വിവാനും ഇതാണോ ഗതി വിദ്വാനും പ്രാപിക്കാതിരിക്കുമോ വിദ്വാൻ സമസ്സിന് അമും ലോകം വിദ്വൻ ഈ പ്രാപിക്കുമോ അവിദ്വാൻ പ്രാപിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വാനും പ്രാപിക്കാതിരിക്കും അപര പ്രശ്നും വിദ്വാനും ഇതിനെ പ്രാപിക്കുന്നില്ല േവവ പ്രശ്നവും വിദ്യുദ് അവിദ്യു വിഷയവും അങ്ങനെ ചോദ്യം ഉണ്ടാക്കാൻ ബഹുവചന ദു സാമർഥ്യപ്രാപ്ത പ്രശ്നാന്തരാപേക്ഷഘടതയെ അനുപ്രശ്നാഹ എന്ന് പറയുന്ന ബഹുവചനത്തിൽ പ്രയോഗിച്ചുകൊണ്ടാണ് ഭാഷകാരൻ ഇത്രയൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഒന്നുകിൽ മൂന്നാല് ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് ചോദ്യമേ ഉള്ളൂ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം അവിടെ മനസ്സിൽ കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് പല ചോദ്യങ്ങളും ഇതിനെ സംബന്ധിച്ച് വരാം അതിനെ കണ്ടുകൊണ്ടാണോ പറയുന്നത് അതെല്ലാം ഭാഷയുടെയും വ്യാകരണത്തിന്റെയൊക്കെ കാര്യങ്ങളാണ് ഞാനതിവിടെ വിശദീകരിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ഒരുപാട് വിദ്വാൻമാരുണ്ട് അസത് ബ്രഹ്മേതി വേദ ചെയ്ത് അസ്ഥി ബ്രഹ്മേതി ചെയ്ത് വേദിരി ശ്രവണാ അസ്ഥി നാസ്തി സംശയപ്രാപ്താസ് പ്രഥമോ അനുപ്രശ്നം പിന്നെ ആ ചോദ്യത്തെ പറയുന്നു അസ്ഥി ബ്രഹ്മേദി വേദ ചേ അസ്ഥി ബ്രഹ്മേദി അസ്ഥി നാസ്തി സംശയം ഇത് രണ്ടും പറഞ്ഞിട്ടു അസ്ഥി ബ്രഹ്മി ബ്രഹ്മ ഇതെല്ലാം കേൾക്കുമ്പോ കേൾക്കുന്നവന് സംശയം വരുന്നു തഥ അർത്ഥപ്രാപ്താസ്തി പ്രശ്നോ അനുപ്രശ്നോ പിന്നീട് അതിനെ തുടർന്ന് വരുന്നു ഉണ്ടോ ഇല്ലയോ പ്രാപിക്കുമോ പ്രാപിക്കില്ലയോ ബ്രഹ്മണോ അപക്ഷപാതിത്വ അവിദ്വാൻ ഗതി നഗച്ചതിരിയ ബ്രഹ്മത്തിന് പക്ഷപാതമില്ലല്ലോ അതുകൊണ്ടവിടെ വരുന്നു അവിദ്വാൻ പ്രാപിക്കും അല്ലെങ്കിൽ പ്രാപിക്കത്തില്ലേ ബ്രഹ്മം തുല്യമായിരിക്കുന്നു സർവറിലും അതുകൊണ്ട് വിദ്വാനും അവിദ്വാനും ഒരുപോലെ തന്നെ ബ്രഹ്മപ്രാപ്തി ഉണ്ടാകാം അതിന് വിദ്യയുടെ ആവശ്യമില്ല വിദ്വാൻ സമസ്വനിതമിതൃതിയു അനുപ്രശ്ന ഏതേശാം പ്രതിവേദനാർത്ഥം ഉത്തര ചുരുക്കം ഇത്രയും മനസ്സിലാകും ഈ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും താല്പര്യം ഇതാണ് വിദ്വാനും അവിദ്വാനും ഇതിനെ പ്രാപിക്കുമോ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ പക്ഷഭേദം വരും പക്ഷപാതം വരും തത്ര അസ്തിവമേവതു സത്യജ്ഞാനം അനന്തം ബ്രഹ്മിരി തച്ച കഥം സത്യത്വം വക്തവ്യം ഇതമുച്ചോ സത്യം ജാനം ബ്രഹ്മ സത്വക്തിയായവ സത്യത് അതെങ്ങനെ സത്യമാകും സത് ഉക്തം ഹി സതേവ സത്യം സത്തിനെയാണ് സത്യം എന്ന് പറയുന്നത് തസ്മാവ സത്യത് ഉച്ചതെ അത് സത്യമാണ് കഥം എന്ന അതി ഗ്രന്ഥ ശബ്ദാനുഗമ അനൈനവിഹി അർത്ഥേന അന്യതാനി ഉത്തരാണി വാക്യാനി തത് സത്യം ഇത്യാചക്ഷതേ ദേശ ആകാശ ആനന്ദോ നസ്യാദ് ഇത്യാദി ഇനി ഇനി ഇവിടെ ഇങ്ങനൊരു സംശയം ഇടയ്ക്ക് കൊണ്ടുവന്നു ബ്രഹ്മ സത്താണോ അസത്താണോ അത് ആവശ്യമില്ലാത്ത ആണെന്താണ് തത് അത് സത്യം തന്നെയാണ് അതൊരിക്കലും ശൂന്യമാകത്തില്ല തത്ര അസദൈവ ബ്രഹ്മിത്യാശങ്കതേ അവിടെ സംശയം വരുന്നു എന്താണോ കേവല സംശയം ഇത് അസത്താണോ കസ്മാദ് അസ്ഥി ഇത വിശേഷതോ ഗൃഹീത ഇതാ ഘടാ ഇവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ച് അസത്തെന്ന് സംശയം വരാൻ കാര്യം എന്താണോ കാരണം സത്തായതെല്ലാം നമ്മൾ വ്യക്തമായി ഗ്രഹിക്കുന്നത് കാരണം മുന്നണിരിക്കുന്ന പാത്രം തന്നെ എന്നാസ്തി തന്ന ഉപലഭ്യത ഏതാ ശശിഷാണാ ശശിഷാണോ മുയൽക്കമ്പ് അതില്ല അത് അനുഭവപ്പെടുന്നില്ല തഥാന്ന് ഉപലഭ്യത ബ്രഹ്മ അതുപോലെ തന്നെ ബ്രഹ്മം അതും ശേഷഭിഷാണും പോലെ ആർക്കും അനുഭവപ്പെടുന്നില്ല തസ്മാ വിശേഷതോ അഗ്രഹണം നാസ്തി അതുകൊണ്ട് ബ്രഹ്മ ഇല്ല എന്ന് പറയുന്നതിന് യുക്തിയുണ്ട് എന്തുകൊണ്ട് വിശേഷതാണ് ഗ്രഹിക്കാൻ പറ്റുന്നില്ല ബ്രഹ്മ ഉണ്ട് എന്ന് പറയുന്നതിന് യുക്തിയുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിന് യുക്തിയുണ്ട് അതിനുഗ്രഹിക്കുന്നില്ല അതിന് സമാനം പറയുന്നത് തന്ന അത് ശരിയല്ല ആകാശാദി കാരണത്വ ബ്രഹ്മ ്രഹ്മം ആകാശാദി ഭൂതങ്ങൾക്കും അതിൽ നിന്നും ശ്രഷ്ഠമായ ജീവന്മാർക്കും സർവത്തിനും കാരണമാണ് സർവ്വകാരണമായിരിക്കുന്ന ഒന്നിനെ നമ്മുടെ അനുഭവത്തിൽ വരുന്നില്ല മൺപാത്രം പോലെ അതുകൊണ്ടില്ലാത്തതാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാ എന്താ നാസ്തി ബ്രഹ്മസ്മാകാശാദി സർവം കാര്യം ബ്രഹ്മണോ ജാതം ഗൃഹിയതേ ആകാശാദി തുടങ്ങിയ സർവ്വകാര്യങ്ങൾ ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത് അതുകൊണ്ട് ബ്രഹ്മത്തെ നിഷേധിക്കാൻ സാധ്യമല്ല യസ്മായത് കിഞ്ചിത് അസ്ഥീതിയ ദൃഷ്ടം ലോകെ ഒരു വസ്തു എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ അത് ഉള്ളതിൽ നിന്നേ ഉണ്ടാകത്തുള്ളു ലോകാനുഭവമാണ് യഥാ ഘട അങ്കുരാദി കാരണം മൃദ്ബീജാദി കാരണം മണ്ണ് അങ്കുരത്തിന് കാരണം ബീജം ഇത് ലോകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് ബ്രഹ്മം ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിനൊരു കാരണമുണ്ട് തസ്മാ ആകാശാദി കാരണത്വ അസ്ഥി ബ്രഹ്മ അതുകൊണ്ട് ആകാശാദികൾക്ക് കാരണമായിരിക്കുന്ന ഒന്നിന് ബ്രഹ്മം എന്ന് പറയേണ്ടി വരും എന്തിനാ അത്ര പ്രയാസപ്പെടുന്നത് ബ്രഹ്മം ഉണ്ടെന്നുള്ള യുക്തി എന്താ പറയുന്നത് അതിന് ആകാശത്തിനും മറ്റും കാരണമായ കാശത്തിനും മറ്റും അങ്ങനെ ഒരു കാരണത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഒന്നു കാണുന്നുമില്ല സ്വീകരിക്കുന്നുമില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ ബ്രഹ്മമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും പറയുന്നതിന്റെ യുക്തി എന്താണ് ആകാശമെല്ലാം ബ്രഹ്മത്തിനൊന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ബ്രഹ്മമുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നു ഈ ആകാശത്തിനൊന്നും ഒരു കാരണമില്ല അതുകൊണ്ടേലും ബ്രഹ്മമില്ല എന്ന് പറഞ്ഞാൽ നാ ശാസ്വ ജാതം ഗൃഹീതം പറയുന്നു ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായ ഒരു വസ്തുവിനെ ആരും കാണുന്നില്ല വസുത നാമരൂപാധികാരിയും നിരാത്മകത്വ ഉപലബ്ധീത അല്ല ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടായതെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഉണ്ടായതും ഇല്ലായ്മയായിരിക്കും അങ്ങനെ വാശി പിടിക്കാൻ പറ്റത്തില്ല നിങ്ങൾ പറയുന്നു ശൂന്യത്തിൽ നിന്നുണ്ടായത് ശരി ശൂന്യത്തിൽ അത് ശൂന്യമാകാനേ കഴിയും ഇവിടെ അങ്ങനെയല്ല നാമരൂപങ്ങൾ കാണുന്നുള്ളൂ നാമരൂപങ്ങൾ എങ്ങനെ അനുഭവപ്പെടുന്നു സത്തായി അനുഭവപ്പെടുന്നു അപ്പൊ സത്തായ നാമരൂപങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സത്തായ ഒരു കാരണം വേണം അല്ലെങ്കിൽ ഇവിടെ എന്തു ചെയ്യും മൺപാത്രം ശിവന്യതയിൽ നിന്നുണ്ടായ ഇന്നും ആ സൃഷ്ടി നടന്നുകൊണ്ടിരുന്ന ശുവിനതയിൽ നിന്നും മൺപാത്രം ഉണ്ടാകുന്ന കാണുന്നില്ല മൺപാത്രം മണിൽ നിന്നേ ഉണ്ടാകുന്നു ബീജത്തിൽ നിന്നേ അങ്കുരം ഉണ്ടാകുന്നു അതുകൊണ്ട് കാരണം കൂടാതെ കാര്യം ഉണ്ടാകുന്നു പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിന് നിഷേധമാവും ശരി അനുഭവത്തിനെ നിഷേധിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ഭ്രാന്ത പ്രലഭനം തത്വചിന്തയിൽ അത് പറ്റത്തില്ല ബുദ്ധിസ്ഥിരതയോടത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല ബുദ്ധിസ്ഥിരതയുള്ള സംസാരിക്കുമ്പോൾ യുക്തിയുക്തമായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആകാശവാദികൾക്ക് സത്തായ ഒരു കാരണം സ്ഥിരീകരിച്ചേ പറ്റും അപ്പോൾ സർവകാരണങ്ങൾക്കും കാരണമായിരിക്കുന്ന ആ സത്തായ കാരണം അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതിനാർക്കും നിഷേധിക്കാൻ പറ്റും അസതഹജാതം ഗൃഹ്യതെ ലോകേക്കാരും ലോകത്തിൽ അങ്ങനെ ഒരു കാര്യത്തെ കാണുന്നില്ല ശൂന്യത്തിൽ നിന്നുണ്ടായത് അസതശ്ശേരി നാമരുപാധികാര്യം പറയുന്ന ഇതെല്ലാം അസത്തിൽ നിന്നുണ്ടായെന്ന് പറഞ്ഞാലോ നിരാത്മകത്വ ഇതെല്ലാം അസത്തായിപ്പോ അങ്ങനെ വന്നാലോ നോപലബ്യത ഇത് അസത്തായിക്കോട്ടെ എന്ന് പറഞ്ഞാലോ ഇതിന്റെ പ്രതീതി ഉണ്ടാകത്തില്ല പ്രതീതി ഉണ്ടാകത്തില്ല അനുഭൂമിയുണ്ടാകത്തില്ല നമുക്കൊന്നും ും പറയാനും ഒന്നും മയ്യാതായി പോകും എന്തുകൊണ്ട് ഒരു പ്രതീതി ഇല്ലാതായിപ്പോ ശൂന്യത്തിൽ നിന്നും ഉണ്ടാകുന്ന സർവ്വവും ശൂന്യം തന്നെയായി കാരണത്തിനനുസരിച്ച് കാര്യം വരുത്തുന്നു അങ്ങനെ അല്ലെങ്കിൽ ഈ ലോകമെല്ലാം തലവീഴായി മാറി അനുഭവമെല്ലാം തിരിയും ചിന്തിക്കാനോ പറയാനോ ഒന്നും ആരും ഇല്ലാതെ അങ്ങനെയൊന്നുമല്ല കാണുന്നു ഇവിടെയെല്ലാം ക്രമബദ്ധമായി കാണുന്നുണ്ട് അപ്പോൾ സത്തിൽ നിന്നും സത്ത് ഉണ്ടാകുന്നു സ്വീകരിക്കണം അങ്ങനെയാണെങ്കിൽ ആകാശാദി കാരണങ്ങൾക്ക് സത്തായൊരു കാരണമുണ്ട് ഉപലഭ്യതേതു ധസ്മ്രഹ്മ ഇവിടെ നാമരൂപാത്മകമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട് അതിലുണ്മ അനുഭവപ്പെടുന്നുണ്ട് അതിന് കാരണമായ ഒരു ഉന്മയെ സ്വീകരിച്ചേ തീരൂ അത് തന്നെയാണ് ബ്രഹ്മം യുക്തിയുണ്ട് ബ്രഹ്മത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല അസദശ്ചേത്രിയും ഗ്രഹീയമാണോ അപ്പം അസദന്യതമേവ ഈശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെല്ലാം അസതന്യതമായിരിക്കും വെച്ചാൽ അസത്തായിരിക്കും പിന്നെ ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതും തമ്മിൽ വ്യത്യാസം കാര്യവും കാരണവും തമ്മിൽ വ്യത്യാസം തരത്തില്ല ശൂന്യത അവിടെ ചോദ്യമില്ല ഉത്തരവില്ല ശിഷ്യനില്ല ഗുരുവില്ല ബന്ധമില്ല മോക്ഷമില്ല ചെയ്യും അങ്ങനെയൊന്നുമല്ല വാസ്തവം ഒരു തസ്മാത് അസ്ഥി ബ്രഹ്മ അതുകൊണ്ട് ബ്രഹ്മം സത്താണോ ഉണ്മമാണോ അതാണ് നിന്റെ സ്വരൂപം എന്ന് ശിഷ്യനെ ഇവർ ബോധിപ്പിക്കുന്നു